സാശിവസമാരംഭാ ശങ്കചാര്യമധ്യമാ അസ്മദാചാര്യപര്യ വേ ഗുരുപരംപരാതി സ്മൃതിപുരാ കരുണാലയം നമു ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യ കേശവം പാദരാണ സൂത്രഭാഷ്യതൗ വേ ഭഗവതപുനഃരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗി വ്യോമവ്യാത്തേ ദക്ഷിണമൂർത്ത എല്ലാവർക്കും നമസ്കാരം കർമ്മത്തിന്റെ പ്രതീകമായിട്ടുള്ള ഗാന്ഡീവവും മറ്റും താഴെ വെച്ചുകൊണ്ട് അർജുനൻ ഇരിപ്പായി എന്ന് സഞ്ജയൻ എന്താണ് നമ്മളോട് പറഞ്ഞു തുടർന്ന് രണ്ടാം അധ്യായം സാഖ്യയോഗം സാഖ്യയോഗം വീണ്ടും സഞ്ജയൻ പറയുന്നു നോക്കാം എന്താണ് ചയ ഉം തഷ്ടം അശ്രുപൂർക്കുലേക്ഷണം വിഷീദന്തംയം ഉവാച മധുസൂദന ഒന്നമധ്യം അർജുന വിഷാദ യോഗം രണ്ടാം അധ്യായത്തിന് സാഖ്യയോഗം എന്ന് പറയുന്നു എന്താണ് സാങ്ക്യയോഗം എന്നുള്ളത് സാഖ്യ ശബ്ദം ഇതിൽ ആ സമയത്ത് വിസ്തരിക്കാം അധ്യായം ആരംഭിക്കുന്നത് ഭഗവത്ഗീതയിലെ വലിയ ഒരു അധ്യായമാണ് സാഖ്യയോഗം രണ്ടാം അധ്യായം പതിനെട്ടാമത്തെ അധ്യായം അതും വലുതാണ് ഇത് വലിയൊരധ്യായ ഒന്നാം അധ്യായത്തിലെ നാൽപ്പത്തിയേഴ് ശ്ലോകങ്ങളുണ്ട് രണ്ടാം അധ്യായത്തിൽ എത്രയുണ്ട് നോക്കൂ എത്ര എഴുപത്തിരണ്ട് അപ്പൊ ഏകദേശം ഇരട്ടിയുടെ അടുത്ത് സഞ്ജയൻ സഞ്ജയൻ പറയണു തഥാ കൃപയാ ആവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തം ഇതം വാചം കുവാച മധുസൂദന തഥാ കൃപയാ ആവിഷ്ടം അപ്രകാരം കൃപയാ ആവിഷ്ടം കൃപ എന്ന് പറഞ്ഞാൽ ഒന്ന് ചെയ്യണം എന്ന് തോന്നുകയും ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കൃപ അത്യധികം കൃപയാ ആവിഷ്ടം ചെയ്യണമെന്നുണ്ട് പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഉണ്ടാവുന്ന ഒരു വികാരമുണ്ടല്ലോ അതാണ് അത് ആവേശിക്കപ്പെട്ടവനായിട്ട് അശ്രുപൂർണാ കുലക്ഷണം നിറഞ്ഞ് നിൽക്കുന്ന കണ്ണുകളോട് കൂടിയിട്ട് ഒലിക്കുന്നില്ല അങ്ങനെ ഉരുണ്ടുകൂടിയിരിക്കുക എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പബ്ലിക് എന്ന് പറഞ്ഞ വിഷയം ചിലപ്പോൾ കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ വരും എന്നിട്ടങ്ങനെ നിൽക്കും അശ്രുപൂർണ അശ്രുവിനെ കൊണ്ട് പൂർണ്ണമായിട്ട് കണ്ണില് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളോട് കൂടിയിട്ട് വിഷീദന്തം വിഷാദിക്കുന്ന തം അവനോട് മധുസൂദന ഇതം വാചം ഉവാച അങ്ങനെയുള്ള അവനോട് തം എന്ന് പറഞ്ഞാൽ അർജുനം അർജുനനോട് ഭഗവാൻ മധുസൂദനൻ ശ്രീകൃഷ്ണൻ ഇതം വാചം ഉവാച ഈ വാക്യത്തെ പറഞ്ഞു എന്താണ് ഭഗവാൻ പറയുന്നത് അർജുനനോട് ആദ്യമായിട്ട് ഭഗവാൻ ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ രണ്ടാമത് ഇപ്പം നേരിട്ട് സംസാരിക്കാൻ പോവാ അർജുനൻ പറഞ്ഞു ഇരു സൈന്യങ്ങളുടെ മധ്യത്തിലായിട്ട് നിർത്താൻ അത് ഭഗവാൻ കേട്ടു ഇനി ഭഗവാൻ പറയാൻ പോവാം അർജുനനോട് ഭഗവാൻ പറയുന്ന ഈ കാര്യം വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കണം നമുക്കിതൊക്കെ എന്താ നമ്മുടെ സ്വജീവിതത്തിൽ മാതൃകയായി സ്വീകരിക്കാവുന്നതാണ് ഇതിൽ സ്വീകരിക്കാൻ പറ്റാത്തതായിട്ടുള്ള യാതൊന്നും തന്നെ ഇസിയ ഇതൊരു ഒട്ടോപ്യൻ സിദ്ധാന്തമല്ല ഇത് അങ്ങേയറ്റം പ്രാവർത്തികമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ ഇനി അങ്ങോട്ട് ഗീതയുടെ എന്താ പറയുക ഒരു ഗീത അതിൻ്റെ മുഴുവൻ ഭാവത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇനി നമ്മുടെ മുൻപിലെന്താ വിരാജിക്കാൻ പോവുക അത് നമുക്ക് നോക്കാം ഇതിൽ അപ്രായോഗികം എന്ന് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇതിന് മുൻപുണ്ടെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം എന്തെങ്കിലും വ്യക്തമാകാത്തതുണ്ടെങ്കിൽ കൂടുതൽ വ്യക്തത വേണം എങ്കിൽ ഇപ്പൊ ഒരുപാട് സംശയങ്ങളുണ്ട് സ്വാമിയുടെ അടുത്ത് കുറെ എഴുത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കർമ്മത്തെക്കുറിച്ച് അത് ഇത് ഇപ്പൊ ഒന്നും സ്വാമി മിണ്ടാതിരിക്കുന്നത് വരാൻ പോകുന്നേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് നിങ്ങൾക്കിനി വിസ്തരിച്ച് സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള ഇടമുണ്ട് അവിടെയൊക്കെ കഴിയുന്നത്ര സംശയങ്ങളെ ദൂരീകരിക്കാനുള്ള ശ്രമം നടത്താം വീണ്ടും സംശയം അവശേഷിക്കുന്നുവെങ്കിൽ നമുക്കപ്പൊ നോക്കാം ഇപ്പൊ നമുക്ക് എന്താ ഭഗവാൻ പറയുന്നത് എന്ന് നോക്കാം ശ്രീ ഭഗവാനുവാച കുതസ്വാകഷലവിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന ശ്രീ ഭഗവാൻ ഉവാച ഭഗവാൻ പറഞ്ഞു ഉവാച എന്ന് പറഞ്ഞാൽ ചോദിച്ചു ഇവിടെ ഭഗവാൻ മറുപടി പറഞ്ഞു അർജുനനോട് ഭഗവാൻ എന്ന് പറഞ്ഞാലോ ധൃതരാഷ്ട്രനെ നമ്മൾ കണ്ടു രാഷ്ട്രത്തെ മുറുകെ പിടിച്ചവൻ എന്ന് കണ്ടു തൻ്റേതല്ലാത്തതിൽ തൻ്റേതെന്ന ബുദ്ധി വെച്ച് വ്യാപരിക്കുന്നവൻ കാണേണ്ടതിനെ കാണേണ്ട രീതിയിൽ കാണാത്തവൻ എന്നൊക്കെ കണ്ടു സഞ്ജയൻ എന്ന് പറഞ്ഞാൽ അതും കണ്ടു യഹാ വിശിഷ്യത ശാസ്ത്രാദി പരിജ്ഞാനേന ബഹിർമുഖതാം ഉപേക്ഷ്യ സസഞ്ജയ എന്ന് കണ്ടു ബാഹ്യമായിട്ടുള്ള വിഷയങ്ങളിൽ തൻ്റെതെന്ന ബുദ്ധിയില്ലാത്ത ബുദ്ധി വയ്ക്കാത്തവൻ എന്തുകൊണ്ടെന്നാൽ ഗുരുവിൽ നിന്ന് ശാസ്ത്രത്തിൽ നിന്ന് എന്താണ് സത്യം ബോധിച്ചവൻ അർജുനനെ നമ്മൾ കണ്ടു ഋജുത്വമാർന്നവൻ ഇനി നാലാമത്തെ ആളാണ് ഭഗവാൻ ഭകകളുള്ളവൻ ഭഗവാൻ എന്ന് പറയും ഭഗകൾ എന്ന് പറഞ്ഞാൽ എന്താണ് പറയണം ഐശ്വര്യ സമഗ്ര ധർമ്മ യശ ശ്രിയ വൈരാഗ്യസാധമോക്ഷ ഷണ്ണാം ഭഗ ഇതീരിണാം എങ്ങനെയുള്ള ഐശ്വര്യം സമ്പൂർണമായ സമഗ്ര എല്ലാറ്റിലേക്കും ചേർക്കാനുള്ള വിശേഷമാണ് സമഗ്ര ഐശ്വര്യസ് ധർമ്മസ്യ യശ ശ്രിയ വൈരാഗ്യ മോക്ഷ ഇതാണ് ഭഗകൾ ഇതാരലുണ്ടോ അവൻ ഭഗവാൻ എന്നാണ് ഒന്ന് ഭഗവാന്റെ ശബ്ദത്തിൻ്റെ വിഗ്രഹം അതിനെ വിഗ്രഹിച്ചിരിക്കുന്നത് അങ്ങനെയാണ് പിന്നെ ഒന്ന് ഉത്പത്തിം ച വിനാശം ചൂതാനാം അഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം സവാച്യോ ഭഗവാൻ ഇതി ഉത്പത്തി വിനാശം ച ഉത്പത്തി എന്ന് പറഞ്ഞാൽ ഉണ്ടാകൽ വിനാശം ഇല്ലാതെയാകുക പിന്നെ അതിന്റെ മധ്യത്തിലുള്ള നിലനിൽപ്പ് അപ്പൊ ഉത്പത്തിംച്ച വിനാശം ച ഭൂതാനാം ഭൂതം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഓരോന്നും ഭൂസത്തായാം ഭവിച്ചതെല്ലാം ഭൂതം കേൾക്കുന്ന നിങ്ങളും പറയുന്ന സ്വാമിയും എല്ലാം ഭൂതം ഭൂസത്തായാം ഇപ്പൊ ഭൂതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം ഭൂതം ഉണ്ട് പിന്നെ നിങ്ങളുടെ അടുത്ത ചോദ്യം എന്തായിരിക്കും പ്രേതം ഉണ്ടോ എന്ന് പ്രേതം ഉണ്ടോ എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ് പ്രേതം എന്താ ഉണ്ട് അതെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാലോ ഉണ്ട് ഇല്ലേ ഉണ്ട് പറയണം ഉണ്ട് കണ്ടിട്ടുണ്ട് ഇല്ലേ വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണി വെള്ളസാരി എടുത്തിട്ട് കണ്ടിട്ടില്ല നില എന്തോടാ ആദ്യമൊക്കെ നടക്കുന്നത് ഇപ്പോഴാണ് ഈ നാട്ടിൽ പ്രേതത്തിൻ്റെ സീരിയലിൻ്റെ ഒരു കളിയാണ് പ്രേതം പ്രേതം എന്ന് പറഞ്ഞാൽ പ്രകർഷണ ഗതം നല്ലവണ്ണം പോയത് എവിടെ നിന്ന് എങ്ങോട്ട് പോയി എന്നാണെങ്കിൽ ശരീരത്തിൽ നിന്ന് ജീവൻ്റെ ആ അഭാവത്തിൽ ആ ശരീരത്തെ പ്രേതം എന്നാണ് പറയുക പ്രേതമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രേതമുണ്ട് മോർച്ചറിയിലുള്ളതൊക്കെ പ്രേതമാണ് അതിന് വെള്ളസാരി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ എന്നെ അന്വേഷിക്കണം ഏതായാലും പ്രേതം എന്ന് പറഞ്ഞ പുരുഷന്മാര് ശബ്ദമില്ല അവരുടെ കാര്യത്തിൽ പ്രേതമില്ല പിന്നെ യക്ഷിയുണ്ട് യക്ഷി എന്ന് പറഞ്ഞ ആരാണ് യക്ഷി എന്ന് പറഞ്ഞാൽ സുന്ദരി എന്നാണ് യക്ഷൻ എന്ന് പറഞ്ഞാൽ സുന്ദരൻ എന്നാണ് അല്ല ചോര കുടിക്കുന്നതല്ല യക്ഷനും യക്ഷയും അപ്പൊ പ്രേതം ഭൂതം പ്രേതം പിന്നെ ഈ സന്ദർഭത്തിൽ വരുന്ന വേറൊരു വാക്ക് പിശാചാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ സ്വാമിയുടെ ഇതിൽ നിന്ന് തന്നെ അല്ലെ പിശാചുണ്ടോന്ന് ചോദിച്ചാൽ പിശാജുണ്ട് എന്ന് തന്നെയാണ് പിശിതമശ്നന്തി അഥവാ ആഹരന്തി ഇതി പിശാചാണ് അവരുടെ മാംസം കഴിക്കുന്നവരൊക്കെ പിശാചിക്കളാണ് അതെ ആർക്കെങ്കിലും പിശാചിനെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയാൽ പിശാചും പിശാചിയും കുട്ടി പിശാചിക്കളും കൂടെ പോകുന്നത് കാണാം അവരെ ശാസ്ത്രത്തില് അല്ലെങ്കിൽ ഗുരുക്കന്മാർ അങ്ങനെ പറഞ്ഞിരിക്കണം ഇനിയിപ്പോ ഇവിടെ മാംസഭക്ഷണം ശരിയാണോ ശരിയല്ലേ എന്നുള്ള സംശയങ്ങൾ വരുന്നുവെങ്കിൽ തൽക്കാലം അവിടെ നിന്നോട്ടെ വേറെ ഗീതയിൽ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് സമ്പൂർണ്ണമാണ് ഈ ശാസ്ത്രം ഇരിപ്പിനെക്കുറിച്ച് പറയണു നടക്കുന്നതിനെക്കുറിച്ച് പറയണു ഉറങ്ങുന്നതിനെക്കുറിച്ച് പറയണു ആഹാരത്തെക്കുറിച്ച് പറയണു കർമ്മത്തെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട് സമ്പൂർണ്ണം അതുകൊണ്ട് ഭൂതപ്രേത പിശാചിക്കളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അതൊക്കെ ഇതാണ് ഇല്ല എന്ന് പറയേണ്ട ഉണ്ട് അതെല്ലാം അപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഉത്പത്തിച്ച വിനാശം ചൂതാനാം അഗതിയും ഗതിയും ഈ ഭൂതങ്ങളുടെ നിലനിൽക്കലും ഇല്ലായ്മയും വേത്തി വിദ്യാം അവിദ്യാം യഹ യാതൊരുവനാണോ വിദ്യാം അവിദ്യാം വേത്തി ഉള്ളതിനെയും ഇല്ലാത്തതിനെയും യഹ വേത്തി ആരറിയുന്നു ഉണ്മയുടെ രഹസ്യവും ഇല്ലായ്മയുടെ രഹസ്യവും സവാചിയോ ഭഗവാൻ ഇത് അവനെ പറയുന്നു ഭഗവാൻ എന്ന് ആ ഭഗവാനാണ് ഗീത പറയണത് അപ്പൊ ഭഗവാൻ പറയുന്നു എന്താ പറയണത് കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാഹര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന ഇത് അർജുനൻ തൊട്ട് മുൻപ് ഭഗവാന്റെ മുൻപിൽ വെച്ച പ്രശ്നത്തിൻ്റെ ഉത്തര ഭഗവാൻ പറയാണ് അർജുന എടോ ഋചിത്വമാർന്ന തന്നെ അനാര്യജുഷ്ടം ആര്യന്മാർക്ക് ചേരാത്തത് ഇപ്പം ഉടനെ ദ്രാവിഡൻ എന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ആര്യൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നാണ് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടാവും ആര്യന്മാരും ദ്രാവിഡന്മാരും ദ്രാവിഡന്മാർ രാവണൻ്റെ ആൾക്കാരും ആര്യന്മാർ രാമൻ്റെ ആൾക്കാരും അങ്ങനെ ആര്യ ദ്രാവിഡ യുദ്ധമാണ് രാമായണ യുദ്ധം എന്നൊക്കെ പഠിച്ചു വെച്ച ചരിത്രത്തിൽ ഒരുപാട് തെറ്റെന്നോ അല്ലെങ്കിൽ വികലം എന്നോ ഇങ്ങനെ വേണമെങ്കിലൊക്കെ മനസ്സിലാക്കാം ഏതായാലും നമ്മുടെ പൂർവികന്മാർ വളരെ ശരിയായിട്ട് തന്നെ ഇതൊക്കെ എഴുതിവെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് പരമ്പരയ ആര്യൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നാണ് ഉപനിഷത്തിലൊക്കെ കാണുന്ന ശബ്ദമാണ് ആര്യ ശ്രേഷ്ഠ ആര്യപുത്ര എന്ന വിളി അതൊരിക്കലും ദ്രാവിഡ ആര്യ അതല്ല അപ്പം അനാര്യജുഷ്ടം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠന്മാർക്ക് ചേരാത്തത് ആര്യന്മാർക്ക് ചേരാത്തതും അസ്വർഗ്യം സ്വർഗയോഗ്യമല്ലാത്തതും അകീർത്തികരം അപമാനത്തെ ഉണ്ടാക്കുന്നതും ഇതം കശ്മലം ഈ മൂടാവസ്ഥയെ വിഷമേ ത്വാ കുത ഉപസ്ഥിതം ഈ വിഷമഘട്ടത്തിൽ നിന്നെ എവിടെ നിന്ന് പിടികൂടി എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഇതെങ്ങനെയാ നമ്മൾ സ്വീകരിക്കുക ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുവെങ്കിൽ അവരോട് പറയേണ്ടത് ഇങ്ങനെയാണ് അവരോട് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളൊക്കെയാണല്ലോ എപ്പോഴും നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് അപ്പം അവരൊരുപാട് സംശയങ്ങളും മറ്റ് തീരുമാനങ്ങളും അവർ ചിലപ്പം കുറച്ച് മാർക്ക് കുറഞ്ഞു മാർക്ക് കുറഞ്ഞു അപ്പം നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എൻട്രൻസിന് വിടണമെന്നും നമ്മുടെ ഒരുപാട് പ്രതീക്ഷയാണ് ഈ കുട്ടിക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം അതാണ് ഒരു പ്രതീക്ഷയില്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഒരു ശാന്തി സമാധാനവും കിട്ടും രാത്രി ഇപ്പം നമ്മൾ കുട്ടികളോട് പറയാറുള്ളത് എപ്പോഴും ഉപനിഷത്തിലെ നജികേദസിൻ്റെ കഥയാണ് പറഞ്ഞു കൊടുക്കാറ് നമുക്കത് ഉപനിഷത്ത് പഠിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക എന്താ എന്താ കുട്ടികൾക്കിത് കിട്ടാതെ പോകുന്നുവല്ലോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗുരു നിത്യചൈതന്യതി അദ്ദേഹത്തിൻ്റെ ഗുരു നടരാജഗുരു നടരാജഗുരു നിത്യചൈതന്യതിക്ക് ഒരു കഥ പറഞ്ഞു കൊടുത്തു കഥ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ശരിക്കുള്ളൊരു സംഭവം പറഞ്ഞു കേട്ടോ അദ്ദേഹം പറയണം അദ്ദേഹത്തിൻ്റെ ആത്മകഥയായിട്ടുള്ള യതിചരിതത്തിൽ വായിക്കിയിരുന്നു സ്വാമി കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് അതിൽ പറയണ ഒരു യുവാവ് നമ്മുടെ ഭാരതീയനായിട്ടുള്ള ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് യൂറോപ്പിലേക്ക് പോയതാണ് ഉപരിപഠനത്തിനായിട്ട് അപ്പൊ ഉപരിപഠനത്തിനായിട്ട് യൂറോപ്പിൽ എത്തിച്ചേർന്ന ആ യുവാവ് അവിടുത്തെ യുവാക്കളുടെ കൂടെ ഒരു റെസ്റ്റോറന്റിലിരുന്ന് റെസ്റ്റോറന്റിലിരുന്ന് കോപ്പി കഴിക്കുന്ന സമയത്ത് അവര് ഇദ്ദേഹം ഭാരതീയനാണല്ലോ എന്ന് കരുതിയിട്ട് ഈ യുവാക്കൾ അവനോട് പറഞ്ഞു ഭഗവത്ഗീതയെക്കുറിച്ച് എന്തെങ്കിലും പറയാം അപ്പൊ അയാൾ ഒന്ന് പരിങ്ങി എന്നാണ് എന്നിട്ടോ ആ ഭഗവത്ഗീത നല്ലൊരു മനുഷ്യനായിരുന്നു അതെ പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന കാലം വളരെ കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ഇങ്ങനെയൊക്കെ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്നാണ് യതി പറയുന്നത് എനിക്ക് ആ ചെറുപ്പക്കാരനോട് പുച്ഛമോ നീരസമോ തോന്നുന്നില്ല എന്ന് പറയുക വളരെ ശ്രദ്ധേയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ച എപ്പോഴും അങ്ങനെയാണ് അദ്ദേഹം പറയുന്നു നമ്മുടെ ചെറുപ്പക്കാരൻ ഇന്ത്യൻ യൂത്ത് ലോകത്തിലെ ഏത് യുവ മനസ്സുകളോടും ഏത് ബുദ്ധിയോടും മാറ്റുരയ്ക്കാൻ പോകുന്നതാണ് അത് ജപ്പാൻകാരനാവട്ടെ ആഫ്രിക്കക്കാരനാവട്ടെ ആരും ആവട്ടെ അമേരിക്കക്കാരനോ ഇംഗ്ലണ്ടുകാരനോ അവൻ ഒരിക്കലും അവൻ താഴെ വരില്ല നിങ്ങൾക്കറിയാം സയിലൊക്കെ പ്രവർത്തിക്കുന്ന ബുദ്ധി കേന്ദ്രങ്ങൾ ഏതാണ് നിങ്ങളുടെ പലരും നിങ്ങളുടെ മക്കൾ നമ്മുടെ കേരളത്തില് എന്താ പറയാ ഇന്റലിജൻസ് സ്ക്രീം എന്ന് വിശേഷിപ്പിക്കാവുന്ന യൂത്ത് ഒന്നും ഇല്ല ഒക്കെ എവിടെയാ പുറത്താ ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് തന്നെ എന്തിനാ പണ്ട് ആഫ്റ്റർ എന്താ പറയാ പണ്ട് ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിരുന്നു എന്ത് ഗാന്ധിജി അല്ലേ ഇപ്പൊ യൂത്ത് യുവാക്കൾ പറയാൻ തുടങ്ങി ആഫ്റ്റർ ഗ്രാജുവേഷൻ ക്വിറ്റ് ഇന്ത്യ ഇന്ത്യ വിട്ട അപ്പം അവൻ വിഡിയല്ല അവനേത് അമേരിക്കക്കാരനോടും ഇംഗ്ലണ്ടുകാരനോടും സംസാരിക്കാൻ പോകുന്ന ശേഷി അവനുണ്ട് പക്ഷേ അവനത് കിട്ടിയിട്ടില്ല ഉപനിഷത്ത് എന്തെന്ന് ഭഗവത്ഗീത എന്തെന്ന് അവന് കലാലയത്തിൽ വെച്ച് അവൻ പരിചയപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം മറിച്ചൊരു പേപ്പറായിട്ട് എങ്കിലും ഇതുണ്ടായിരുന്നുവെങ്കിൽ അവൻ അവിടെ പറയുമായിരുന്നു അതൊരു സത്യമാണ് നമ്മൾ ആലോചിക്കാറുണ്ട് ഉപനിഷത്തിൻ്റെ മഹത്വം കടോപനിഷത്ത് എത്രയോ വർഷങ്ങൾക്ക് അതായത് ഔപനിഷത്ത് കാലഘട്ടം എന്ന് പറഞ്ഞ ചരിത്രകാരന്മാർ പറയുന്നത് അയ്യായിരത്തി ചില്ലാൻ വേണം അതിനും എത്രയോ മുൻപ് ഒരു വിദ്യാർത്ഥി പരമമായ വിദ്യയെ നേടാൻ വേണ്ടി പോകുന്നു ഗുരുവിൻ്റെ അടുത്തേക്ക് ഗുരു യമൻ മരണം മൃത്യു ഭാരതം പറഞ്ഞിരിക്കുന്നത് മൃത്യുവിൽ നിന്ന് പഠിക്കണം എന്നാണ് ലോകത്തിന് ഇനി പഠിക്കാനുള്ളത് മൃത്യുവിനെയാണ് അത് മൃത്യുവിൽ നിന്ന് ഭാരതം പഠിപ്പിക്കുമ്പം അത് കുറേയും കൂടെ നമ്മുടെ ഋഷി മുകളിൽ തന്നെയാണ് വിരാജിക്കുന്നത് മൃത്യുവിനെ പഠിക്കുകയല്ല മൃത്യുവിൽ നിന്ന് പഠിക്കുക അതിന് മൃത്യു ബ്രഹ്മവിദ്യാചാര്യനായിക്കൊണ്ട് ഓം മൃത്യവേ ബ്രഹ്മവിദ്യ ബ്രഹ്മവിദ്യാചാര്യായതേ നമഹ എന്നും പറഞ്ഞുകൊണ്ടാണ് ഉപനിഷത്ത് ആരംഭിക്കുന്നത് മൃത്യുവായ അങ്ങ് ബ്രഹ്മവിദ്യയുടെ ആചാര്യനും കൂടിയാണ് അങ്ങേക്ക് നമസ്കാരം അങ്ങനെ മൃത്യുവിൻ്റെ അരികിലേക്ക് പോകുന്ന കൊച്ചു ബാലനായിട്ടുള്ള നചികേതസ് മുഴുവൻ വിദ്യാർത്ഥികളെയും പ്രതിനിധാനം ചെയ്യുന്നു കാരണം ഏതൊരു ചിന്തിക്കുന്ന യുവാവിനും യുവതിക്കും അവൻ്റെ ചിന്താശേഷി ചിന്തയുടെ ആ ശേഷിയിൽ എപ്പോഴാണോ അവൻ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ സമയത്ത് അവൻ ചിന്തിച്ചിട്ടുണ്ട് മരണത്തെക്കുറിച്ച് എന്താണ് മരണം മരണാനന്തരം എന്താണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഈ ലോകത്തിലെ മുഴുവൻ യുവാക്കളെയും യുവത്വത്തെയും നജികേദസ് പ്രതിനിധാനം ചെയ്യുന്നു പലപ്പോഴായിട്ട് അവർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവും എന്താണ് മരണം മരണാനന്തരം എന്ത് എന്നൊക്കെ ഉപനിഷത്തിലെ നജികേദസിൻ്റെയും ചോദ്യം ഇത് എന്താണ് മൃത്യു മരണം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വാമി പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് അത് ഉപനിഷത്തിലെ വിഷയമാണ് അത് നമുക്കെപ്പോഴെങ്കിലും പഠിക്കാൻ യോഗമുണ്ടായാൽ പഠിക്കാം പക്ഷേ ആ കുട്ടിയോട് ഈ ബ്രഹ്മവിദ്യയുടെ ആചാര്യനായ യമധർമ്മൻ കുട്ടിക്ക് വരം കൊടുക്കുന്നുണ്ട് മൂന്ന് വരം സന്തുഷ്ടനായ യമൻ മൂന്ന് വരം ആ മൂന്ന് വരത്തിൽ ഇഷ്ടപ്പെട്ടത് വരിച്ചോളാൻ പറയുന്ന ആ നജികേതസ് വരിക്കുന്ന വരം വളരെ ഗംഭീരാണ് നജികേതസ് പറയണു ശാന്തസങ്കൽപ്പ സുമനാ യഥാ സിയാദ് വീതമന്യു ഗൗതമോ മാഭിമൃത്യു ത്വത്പ്രസൃഷ്ടം മാഭി വദേ പ്രതീത ഏതത്രയാണാം പ്രഥമം വരം പ്രണേ ഞാൻ അങ്ങ് തന്നത് തന്ന മൂന്ന് വരങ്ങളിൽ ഒന്നാമത്തെ വരം പ്രഥമം വരം ഞാനിതാ വരിച്ചിരിക്കുന്നു ശാന്തസങ്കൽപ്പ സുമനാ യഥാസ്യാദ് വീതമന്യു ഗൗതമോ മാഭിമൃത്യോ അല്ലയോ മൃത്യുദേവ അങ്ങയുടെ അനുഗ്രഹത്ത എൻ്റെ അച്ഛൻ അതായത് എൻ്റെ അച്ഛൻ ശാന്തസങ്കൽപ്പനായി ഉറങ്ങട്ടെ എന്താ ഭൂപനിഷ അതായത് വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടി അവൻ്റെ ആദ്യത്തെ പ്രാർത്ഥനയാണ് അച്ഛൻ സുഖമായി ഉറങ്ങട്ടെ ഈ ലോകത്തിലെ മുഴുവൻ യുവാക്കളെയും യുവത്വത്തെയും നജികേതസ് പ്രതിനിധാനം ചെയ്യുന്നു പലപ്പോഴായിട്ട് അവർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവും എന്താണ് മരണം മരണാനന്തരം എന്ത് എന്നൊക്കെ ഉപനിഷത്തിലെ നജികേതസ്സിൻ്റെയും ചോദ്യം ഇത് തന്നെയായിരുന്നു എന്താണ് മൃത്യു മരണം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വാമി പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് അത് ഉപനിഷത്തിലെ വിഷയമാണ് അത് നമുക്ക് എപ്പോഴെങ്കിലും പഠിക്കാൻ യോഗമുണ്ടായാൽ പഠിക്കാം പക്ഷേ ആ കുട്ടിയോട് ഈ ബ്രഹ്മവിദ്യയുടെ ആചാര്യനായ യമധർമ്മൻ കുട്ടിക്ക് വരം കൊടുക്കുന്നുണ്ട് മൂന്ന് വരം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 ഞാൻ അങ്ങ് തന്നത് തന്ന മൂന്ന് വരങ്ങളിൽ ഒന്നാമത്തെ വരം പ്രഥമം വരം ഞാനിതാ വരിച്ചിരിക്കുന്നു ശാന്തസങ്കൽപ്പ സുമന യഥാസ്യാദ് വീതമന്യു ഗൗതമോ മാത്യോ അല്ലയോ മൃത്യുദേവ അങ്ങയുടെ അനുഗ്രഹത്ത എന്റെ അച്ഛൻ അതായത് എന്റെ അച്ഛൻ ശാന്തസങ്കൽപ്പനായി ഉറങ്ങട്ടെ എന്താ ഭൂപനിഷ അതായത് വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടി അവൻ്റെ ആദ്യത്തെ പ്രാർത്ഥനയാണ് അച്ഛൻ സുഖമായി ഉറങ്ങട്ടെ നമ്മുടെ അച്ഛന്മാരുടെ മുഴുവൻ ഉറക്കം പോയതും ഇവൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് അല്ലേ മാർച്ച് മാസം വരാൻ പോവുക പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നില്ല അവധിയെടുത്ത് വീട്ടിലിരിക്കുക അതെ അപ്പൊ നോക്കൂ നചികേതസ് വരിച്ച വരം മോശപ്പെട്ടവരായിരുന്നുവെന്ന് അച്ഛൻ എൻ്റെ പഠനത്തെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട അച്ഛൻ ശാന്തസങ്കൽപ്പനായിട്ട് ഉറങ്ങിക്കൊള്ളൂ അച്ഛൻ അങ്ങനെ ഉറങ്ങാൻ സാധിക്കട്ടെ പരമമായ വിദ്യയെ കൈവശപ്പെടുത്താൻ പോവണം അപ്പോഴാണ് ഈ കുട്ടി വരമായി സ്വീകരിക്കണം വരമായിട്ട് എന്താ വേണ്ടത് മേടിച്ചോളാൻ പറഞ്ഞ സമയത്ത് കുട്ടി ആദ്യം തന്നെ പറയുന്നത് ഇത് ഈ ഒരു വരം കുട്ടികൾ മേടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ഓരോ കുട്ടിക്കും ഉറപ്പ് കൊടുക്കാൻ പറ്റിയാലോ പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് സംശയമാണ് കുട്ടികളെ നമ്മുടെ കുട്ടികളെ നമ്മളൊരു വീട്ടില് അതായത് ഈ അമ്മയും മോളും തമ്മിലുള്ള പ്രശ്നമാണ് കുട്ടിക്ക് അമ്മ കുട്ടിയെ രാവിലെ വിളിക്കുന്നത് ഇഷ്ടമേ അല്ല അപ്പൊ പ്രശ്നം നമ്മുടെ കോർട്ടിലെത്തിയ സമയത്ത് നമ്മൾ ചോദിച്ചു രണ്ടുപേരോടുമായിട്ട് ചോദിച്ചു അമ്മ വിളിക്കണം എന്നുണ്ടോന്ന് ചോദിച്ചു അപ്പൊ കുട്ടി പറഞ്ഞു വേണ്ട എന്നാൽ പിന്നെ മോൾ എഴുന്നേക്കുമോ എഴുന്നേറ്റോളാം അപ്പോൾ അമ്മ വിളിക്കണ്ട വേണ്ട വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല ശരി അപ്പോൾ അതാ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്താ അങ്ങനെ ചെയ്തുകൂടെ ആ ശരി അങ്ങനെ വിളിക്കുന്നില്ല വേണ്ട നീ എഴുന്നേക്കുമല്ലോ അതെ ഞാൻ എഴുന്നേറ്റോളാം ശരി ഞാൻ വിളിക്കുന്നില്ല കാരണം അവർക്കറിയാമല്ലോ എഴുന്നേക്കണം പഠിക്കണം അറ ചെറിയ കുട്ടിയല്ലല്ലോ കോളേജിൽ പോകുന്ന കുട്ടിയാണ് കുട്ടി നമ്മളോട് പറയുകയെന്ന് സ്വാമിജി പിറ്റേ അമ്മ വിളിച്ചിട്ടില്ല പക്ഷേ അമ്മ റൂമിൽ വന്ന് അവിടെ അവിടെ തിരിഞ്ഞെളിക്കുന്നുണ്ടായിരുന്നു കാരണം അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റില്ല അമ്മ ഇങ്ങനെ നോക്കൂ അടുത്തൊന്ന് നോക്കിയ വിളിക്കില്ല എന്നല്ലേ സ്വാമിയോട് പറഞ്ഞത് അതുകൊണ്ട് നിർ ശ്വാസം ഇങ്ങനെ തട്ടേനു കാരണം ഇരിക്കാൻ പറ്റുന്നില്ല അപ്പം അതിലേ പോയി അങ്ങനെ റൗണ്ട ഇവിടുത്തെ സമ്പ്രദായം മുഴുവൻ പൊട്ടത്തരെന്നൊന്നും സ്വാമി പറയല്ല എന്നാലും ജീവിതവുമായി ബന്ധിപ്പിക്കുന്ന ഇങ്ങനെയുള്ള എന്തെങ്കിലും നമ്മൾ പഠിക്കുന്നുണ്ടോ എന്ന് ആവ്രിക്കയിലെ മണ്ണിൻ്റെ അടുക്കും അല്ലെങ്കിൽ പാറയുടെ ഘടനയും ഏതൊക്കെയോ രാജാക്കന്മാർ ആരോടൊക്കെയോ വടവെട്ടിയതും ജീവിതത്തെ അത്യുദാത്തമാക്കാൻ പോന്ന നിങ്ങൾക്കൊക്കെ എപ്പോഴെങ്കിലും പറയാൻ സാധിച്ചിട്ടുണ്ടോ ആറാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലെ ചരിത്രമായിരുന്നു എന്നെ ഈ വഴിയിലേക്ക് നയിച്ചതെന്ന് എനിക്ക് തൂങ്ങി മരിക്കണമെന്ന് തോന്നിയതാണ് അപ്പോഴാണ് ഞാൻ ആ പാഠം ഓർത്തത് ടീച്ചറ് പഠിപ്പിച്ചത് ആരെങ്കിലും പറഞ്ഞത് അപ്പം നമ്മുടെ സമീപൻ അതാണ് സ്വാമി പറഞ്ഞു വരുന്നത് ഒരു തീരുമാനം എടുത്തിരിക്കുന്ന ഒരാളെ എങ്ങനെയുള്ള തീരുമാനം തെറ്റായ തീരുമാനം അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കേണ്ടി വന്നിട്ടുള്ളത് വ്യാസൻ അറിഞ്ഞു തന്നെയാണ് ഈ പ്ര ഇതിവിടെ അർജുനനെ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിച്ച് പറയിപ്പിച്ചത് തെറ്റായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്ന അർജുനനോട് ഭഗവാൻ പറയുകയാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മോനെ മിടുക്കനായിട്ടുള്ളവനെ മിടുക്കൻ കുട്ടികൾക്കൊന്നും ചേരുന്നതല്ലോ മോനെ മോനിപ്പോൾ പറഞ്ഞത് എന്നാണ് എട കഴുതെ അല്ലെങ്കിലും എനിക്കറിയാം ഇങ്ങനെയൊക്കെ തന്നെ ആകൂ എന്ന് അതല്ല പറയേണ്ടത് ഓ അത് ശരി അപ്പൊ നിങ്ങൾക്കറിയായിരുന്നു അല്ലേ അല്ല അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ മോനെ ഇതൊന്നുമല്ലല്ലോ ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചത് അത് അപ്പോൾ ഓ അച്ഛന് എന്നിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് വരുമ്പം തന്നെ അവന് എന്നെ അർജുനിലെന്താ വരാൻ പോകുന്നത് നോക്കൂ ആ തീരുമാനത്തിന് ഒരു ഒലച്ചിലുണ്ടാവും പിന്നെ സംശയം ഉണ്ടാവും ആ സംശയം അവൻ അച്ഛൻ്റെ മുൻപിൽ അല്ലെങ്കിൽ അമ്മയുടെ മുൻപിൽ വയ്ക്കും അപ്പം നമ്മുടെ കുട്ടികൾ എടുത്തിരിക്കുന്ന തെറ്റായ തീരുമാനത്തെ അതിൽ സംശയം ജനിപ്പിക്കാൻ നമുക്ക് സാധിക്കണം അവർക്ക് തന്നെ സംശയം ജനിപ്പിക്കാൻ സാധിക്കണം അവരുടെ മനസ്സിൽ അതിനെന്ത് വേണം നമ്മൾ ഈ ഒരു രീതിയെ സ്വീകരിക്കണം എന്താണ് ഭഗവാൻ സ്വീകരിച്ചിട്ടുള്ള രീതി നീ കേമനാണ് നീ ഗംഭീരനാണ് എന്നുള്ളത് വേറൊരു ഭാഷയിൽ പറഞ്ഞു അനാര്യജുഷ്ടം ആര്യന്മാർക്ക് ചേരാത്തത് അസ്വർഗ്യം അകീർത്തികരം നീ കീർത്തിമാനാണ് ഇത് പേരുദോഷം ഉണ്ടാക്കുമല്ലോ നീ ഇപ്പോൾ എത്ര കുട്ടികളുണ്ട് എന്നറിയോ ഈ കോളേജിൽ എന്താ മൈസൂരും ബാംഗ്ലൂരും കോയമ്പത്തൂരും അവിടെ ഇവിടെയൊക്കെ പഠിക്കാൻ പോയിട്ട് റാഗിങ് എന്ന് പറഞ്ഞു വന്ന് വീട്ടിലിരിക്കുന്നത് അല്ലേ ചില കുട്ടികൾ അമ്മയും വിളിച്ചു കൊണ്ടുപോയിട്ട് അവരവിടെ വീട് താമ വീടെടുത്ത് താമസിക്കുകയാണ് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ചൊല്ലിയിട്ട് നമ്മുടെ ഫാമിലി വ്യവസ്ഥ ആ കുടുംബാന്തരീക്ഷം ആകെ താറുമാറായിട്ടുണ്ട് കേരളത്തിൽ ഒരുപാട് ഇപ്പൊ തൃശൂരിൽ ജനപ്പെരുപ്പം അല്ലാതെ കൂടിയിരിക്കണം വാടക വീട് കിട്ടാനില്ല അത്ര അങ്ങനെ നടക്കുമ്പോഴാണ് ഒരാൾക്ക് ഇടവഴിയിൽ നിന്ന് ഒരു കുപ്പി കിട്ടിയത് കുപ്പി പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഭൂതം എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഭൂതത്തിനോട് പറഞ്ഞു ഇവിടെ എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് ശരിയാക്കി തരും ഭൂതം പറഞ്ഞ എടാ വിഡി ഒരു വീടുണ്ടെങ്കിൽ ഞാൻ ഈ കുപ്പിക്കകത്തിരിക്കുമോ നീ എന്നെ കുപ്പിക്കകത്തക്ക അപ്പം നമ്മൾ ആലോചിച്ച് നോക്കും അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട കരുത്ത് കുട്ടികളെങ്ങനെയാണ് കുട്ടികളോട് നമ്മൾ സംസാരിക്കേണ്ടത് പ്രത്യേകിച്ച് യുവാക്കളോട് അവർ കാണുന്ന ലോകം അവരുടെ സങ്കൽപ്പങ്ങൾ നമുക്കൊന്നും സ്വപ്നത്തിൽ പോലും കടന്നു ചെല്ലാൻ പറ്റാത്തടത്താണ് അവർ വിഹരിക്കുന്നത് അവരുടെ വിഹാരഭൂമി അതാണ് അപ്പോഴാണ് അവനോട് നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നത് അല്ലെങ്കിൽ അവളോട്ട് അതുകൊണ്ട് അവരെ ആദ്യം പൂർണ്ണമായി അംഗീകരിക്കുക എന്നിട്ടോ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് പ്രതീക്ഷകളെ മുഴുവൻ അത് വളരെ സത്യസന്ധമായിരിക്കണം ഇനിയിപ്പൊ നാളെ പോയിട്ട് മോനെ എനിക്ക് മുഴുവൻ പ്രതീക്ഷ വേണ്ട നിങ്ങളുടെ അതെ അപ്പൊ നമ്മൾ പെരുവിടുക്കാൻ തുടങ്ങി സാമിക്ക് അറിയില്ല ും നന്നാവില്ല അങ്ങനെയല്ല നമുക്ക് ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കണം നമ്മുടെ കുട്ടികളില് നമുക്ക് പ്രതീക്ഷയില്ലേ പിന്നെ അടുത്ത അയൽവക്കക്കാരനുണ്ടാവോ പ്രതീക്ഷ നമ്മളൊരാളെങ്കിലും രണ്ടുപേരെങ്കിലും അച്ഛനും അമ്മയെങ്കിലും പ്രതീക്ഷ വയ്ക്കണ്ടേ അതുകൊണ്ട് അവൻ എടുത്തിരിക്കുന്ന തീരുമാനം ശരിയല്ല എന്ന് പറയരുത് പിന്നെയോ ഇത് ഇങ്ങനെ ശരിയാവോ അല്ലെങ്കിൽ അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം ഇത് മോനെ പേരുദോഷം ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ നീ ഇന്ന കാര്യങ്ങളൊക്കെ നീ നിന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ എന്താണ് മോനൊന്ന് ആലോചിച്ചു നോക്കൂ നീ ഇനിപ്പോയി ആ സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് അതെടുക്കണ്ടേ എടുത്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും മറ്റു കുട്ടികളൊക്കെ ചോദിക്കില്ലേ മോനോടൊപ്പം എന്താ ചെയ്യുന്നതെന്ന് അപ്പോൾ അയ്യോ അവർ ചോദിക്കുമ്പം അത് മോശമല്ലേ മോശമല്ലേ എന്ന് പറയണ്ട അവർ അവരൊക്കെ ചോദിക്കുമ്പം നീ എന്താ പറയുക അപ്പം ഞാൻ പുറത്തിറങ്ങുന്നില്ല പുറത്തിറങ്ങുന്നില്ല എന്നാൽ ശരി അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ എന്ത് പറയണം ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം വാശിയിൽ ആ കേബിളുകാരനെ വിളിച്ചിട്ട് പറയും കട്ട് ചെയ്യാം കേബിൾ കണക്ഷൻ അങ്ങോട്ട് കട്ട് ചെയ്യും ഫോണ് കട്ട് ചെയ്യും എന്നിട്ട് ഇവന്റെ ഈ ചില ചില സംഗതി ഫ്രണ്ട്സിനെ ഒരൊറ്റിയൊന്നിനി വഴിക്ക് കണ്ടുപോരു ഇവിടെ ഇരുന്നോളാം ഇതാ നമുക്ക് അറിയുന്ന ട്രീറ്റ്മെന്റ് ആകെ ഇതാണ് ഇതൊന്നുമല്ല ഭഗവാൻ ചെയ്യാൻ പോകുന്നത് ഓ ഈ വിദ്വാന്റെ കൂടെയാണല്ലോ ഞാൻ ഇറങ്ങി തിരിച്ചത് എന്നൊന്നും പറയുന്നില്ല പറഞ്ഞിട്ടുള്ളത് ഇതാ കൗൺസിലിങ്ങിന്റെ മർമ്മമാണ് ഇത് മെണ്ടാതെ കേട്ടിരുന്ന് ആ സാഹചര്യം വന്ന സമയത്ത് ഒന്ന് അടങ്ങിയിരുന്ന സമയത്ത് മെല്ലെ പറഞ്ഞുകൊടുത്തു അത് വളരെ സൂക്ഷിക്കേണ്ടതാണ് ആദ്യം സംസാരിക്കാനേ പാടില്ല വേണ്ടതൊക്കെ കൊടുത്തോളാം ഭക്ഷണം കൊടുക്കുക മറ്റ് സംഗതികൾ ഒന്നിനും ഒരു തടസ്സവും വേണ്ട കേൾക്കാൻ തയ്യാറാണ് എന്ന സമയത്ത് മാത്രമേ സംസാരിക്കാവൂ ഭഗവാൻ അപ്പം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞതോടുകൂടി അർജുനൻ പലതും പറയുന്നുണ്ട് ഭഗവാൻ അടുത്തതും കൂടെ പറയുന്നത് നോക്കാം ഭഗവാൻ തുടർന്ന് പറയാം ക്ലൈബ്യം ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തൊടർന്ന് ഭഗവാൻ വീണ്ടും അർജുനോട് പറയണേ ക്ലൈബ്യം ആസ്മഗമ പാർത്ഥ നൈതത്വയുപദ് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരന്ത ഭഗവാൻ രണ്ടു പേരുകൾ വിളിക്കുന്നുണ്ട് അർജുനെ ഹേ പാർത്ഥ ഹേ പരന്തപ നമ്മളോട് തന്നെ ക്ലൈബ്യം ക്ലീബാവസ്ഥ എന്താണ് ക്ലീബസ്യ ഭാവം ക്ലൈബ്യം ആരാണത്ര ഈ അതായത് ഇനി ഈ ക്ലൈഭ്യാവസ്ഥ എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീക്കും ചേരാത്തത് ആരാണ് ക്ലീബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചാൽ പുരുഷനും അല്ല സ്ത്രീയുമല്ല എന്നാ അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട് സ്ത്രീക്കുണ്ടായിരിക്കേണ്ടുന്ന ഉണ്ടായിരിക്കുന്ന ഗുണഗണങ്ങളുണ്ട് അതുപോലെ പുരുഷൻ ഉണ്ടായിരിക്കുന്നതും ഉണ്ട് ഇത് രണ്ടുമില്ലാത്തൊരവസ്ഥ അതാണ് ക്ലീബാവസ്ഥ എന്ന് പറയാം അതിനെ മാസ്മഗമ നീ അതിനെ പ്രാപിക്കരുത് രണ്ടുമല്ലാത്ത അവസ്ഥയെ നീ പ്രാപിക്കരുത് ഏതത് ഇത് തൊയ് എന്ന ഉപപദ്ധ്യതയെ ഇത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ് ഇത് നിനക്ക് ചേരുന്നതല്ല ഇത് നിനക്ക് ചേരുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ക്ഷുദ്രം അല്പമാത്രമായ നീജമായ ഹൃദയ ദൗർബല്യം മനഃശക്തിയുടെ കുറവ് അതിനെ തെത്തുക ഉപേക്ഷിക്കൂ അതുകൊണ്ട് ഹേ അർജുന പരന്തപ്പ ഉത്തിഷ്ഠ എഴുന്നേൽക്കും എഴുന്നേറ്റാൽ എഴുന്നേൽക്കും മോനെ നല്ലൊരു ചായ ഉണ്ടാക്കി തരാം എഴുന്നേൽക്കും ഇതാണ് ഭഗവാന്റെ പറച്ചിൽ ഇവിടെ ഒരു ഉപദേശവും നടത്തിയിട്ടില്ല ഉണ്ടാവും ഇല്ല എന്ന് പറയും ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന മട്ടിൽ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മളെ ധ്യാനിച്ച് നോക്കുകയാണെങ്കിൽ ഭഗവാൻ ഒന്ന് തട്ടിയിട്ടൊക്കെ ഉണ്ടാവും ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ എന്നിട്ടായിരിക്കാം ഉത്തിഷ്ഠ എന്ന് പറഞ്ഞത് കാരണം വെറയൊക്കെ കൊണ്ട് ഇരുന്നതാണല്ലോ ഒന്ന് സമാശ്ലേഷിച്ചുകൊണ്ട് ഭഗവാന്റെ വാക്കുകൾ തന്നെ ധാരാളമായിരുന്നു ഉത്തിഷ്ഠ എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ എന്ത് എന്താ അങ്ങേയറ്റത്തെ സാന്ത്വനമേകുന്നതാണ് ഭഗവാന്റെ ഈ രണ്ട് ശ്ലോകങ്ങൾ ഇതിൽ ഉപദേശങ്ങളൊന്നുമില്ല ഒരു ഉപദേശമില്ല എന്നാൽ എല്ലുണ്ട് ആ അനുഗ്രഹിക്കാൻ പോകുന്ന ബുദ്ധിയോട് കൂടിയിട്ട് അതിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നു നീ ശ്രേഷ്ഠനാണ് ശ്രേഷ്ഠന്മാർക്ക് ചേരാത്ത ഒരു രീതിയെ ഒരു സമീപനത്തെയാണ് നീ കൈക്കൊണ്ടിരിക്കുന്നത് ഇത് താൽക്കാലികമാണ് ക്ഷുദ്രമാണ് ഇത് താൽക്കാലികമാണ് അപ്പോൾ ഈ താൽക്കാലികമായിട്ടുള്ളതിനെ വിട്ട് എഴുന്നേൽക്കും എഴുന്നേൽക്കും എന്തിനെഴുന്നേൽക്കണം അർജുനൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ ഭഗവാൻ ഇത്ര പറഞ്ഞതോടുകൂടി അർജുനൻ ഒരു തീരുമാനം എടുത്തിരുന്നു മുൻപ് എന്താ തീരുമാനം ന യോത്സ്യ ഇതി ഗോവിന്ദം ഉക്വാ തൂഷ്ണീൻ ബപുവ വിസൃജ്യ സശരം ശാപം ശോക സംവിഘ്ന മാനസഹ എന്ന് സഞ്ജയൻ പറഞ്ഞു തന്നു കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനത്തിൽ ആ തീരുമാനം ഇവിടെ ഇതാ അർജുനനിൽ സംശയമുണ്ടാക്കുന്നു ഭഗവാന്റെ രണ്ട് ശ്ലോകങ്ങളെ സംശയങ്ങൾ ഭഗവാന്റെ മുൻപിൽ വെക്കുന്നു ഇവിടുന്ന് അങ്ങോട്ട് ഭഗവാന്റെ മുൻപില് സംശയം വയ്ക്കുന്നു ഇനി ഭഗവാൻ അങ്ങോട്ട് എന്താ പതിനൊന്നാമത്തെ ശ്ലോകം മുതൽ അർജുനന് വിസ്തരിച്ചുള്ള ഉപദേശം തുടങ്ങണം നോക്കാം അർജുനുവാച കഥം ഭീഷ്മോണം കഥം ഭീഷ്മഹം സങ്കേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹൗ ഹേ അരിസൂദന അർജുനൻ ഭഗവാനെ രണ്ടുപേര് തിരിച്ചങ്ങോട്ടും വിളിക്കുക നേരത്തെ പരന്തപ എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് പരന്തപ എന്ന് പറഞ്ഞത് പരം എന്ന് പറഞ്ഞാല് മറ്റുള്ളതിനെയൊക്കെ തപ തപിപ്പിക്കാൻ പോകുന്നവൻ തന്നിൽ നിന്ന് അന്യമായ താൽക്കാലികമായിട്ടുള്ള വികാരങ്ങളെ തപിപ്പിക്കാൻ ഇല്ലാതെയാക്കാനുള്ള കഴിവ് നിന്നിൽ അന്തർലീനമാണ് അതിനെ ഭഗവാൻ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് ആ ഓർമ്മപ്പെടുത്തൽ തന്നെ ആള് എഴുന്നേറ്റു എന്ന് പറയാം നമുക്ക് രാമായണത്തിൽ ഇത് കാണാൻ സാധിക്കും ജാം ഭഗവാൻ ഹനുമാനെ ഹനുമാൻ എന്ന് വിളിക്കുമ്പോ എഴുന്നേക്കില്ലേ എന്താന്ന് ചോദിക്കുമ്പോ ചാടാൻ പറയില്ലേ എങ്ങനെയാണ് ജാമ്പവധർമ്മം എന്ന് പറയാം നമ്മുടെ എന്താ രക്ഷിതാക്കളുടെ ധർമ്മം ജാംബവധർമ്മമായിരിക്കട്ടെ ഓർമ്മ വേണം നമ്മളെപ്പോഴും ജാമ്പവാന്റെ ജോലിയായിരിക്കണം ചെയ്യുന്നത് എന്താണ് ജാമ്പവാന്റെ ജോലി അവനിൽ ഉറങ്ങിക്കിടക്കുന്ന സാധ്യതയെ തിരിച്ചറിയുക എന്നിട്ടതിനെ ഓർമ്മപ്പെടുത്തി ഉയർത്തുക പറയണം നമ്മൾ അതുകൊണ്ട് നമുക്ക് നല്ല ഓർമ്മ വേണം മോനെ ഞാൻ ഓർക്കുന്നു നിൻ്റെ ഒന്നാം ക്ലാസ് മുതൽ ഒന്നാം ക്ലാസ്സിലെ ടീച്ചർ നിന്നെക്കുറിച്ച് പറഞ്ഞത് രണ്ടാം ക്ലാസ്സിൽ പറഞ്ഞത് മൂന്നാം ക്ലാസ്സിൽ പറഞ്ഞത് നാലാം ക്ലാസ്സിൽ പറഞ്ഞത് അഞ്ചാം ക്ലാസ്സിൽ പറഞ്ഞത് ആറാം ക്ലാസ്സിൽ പറഞ്ഞത് ഇങ്ങനെ കഴിഞ്ഞത് പറയാനും എവിടെയൊക്കെ അവൻ എന്തൊക്കെ വിജയം നേടിയിട്ടുണ്ടോ അവൾ വിജയം നേടിയിട്ടുണ്ടോ ഒരു ആനയുടെ പടം വരച്ച് വെരിഗുഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലും പറയണം നീ ക്ലാസ്സിലന്ന് വരച്ച ആനയുടെ ചിത്രം അമ്മ ഇന്നും ഓർക്കുന്നു അങ്ങനെ അങ്ങോട്ട് പ്രചോദിപ്പിക്കണമെന്ന് പറയാം അങ്ങനെയാണ് ജാമ്പവാൻ ചെയ്തത് ഇന്നത്തെ രക്ഷിതാക്കളിൽ ശല്യരുടെ ധർമ്മമാണ് കൂടുതൽ കാണുന്നത് ശല്യരെന്താ ചെയ്യുന്നത് ശല്യരായിരുന്നല്ലോ കർണന്റെ തേരാളില്ലേ കർണന്റെ ദുര്യോധൻ്റെ ആരുടെ കർണന്റെ അത് കർണൻ ശല്യരെ കൃഷ്ണൻ കഴിഞ്ഞാൽ അടുത്ത ഗംഭീരനായിട്ടുള്ള സാരഥിയാണ് അന്ന് തേര് തെളിക്കാൻ വരണമെന്ന് പറഞ്ഞപ്പോ ശരി എന്നാ പറഞ്ഞത് പിന്നെയോ പക്ഷെ എനിക്കിങ്ങനെ ഓരോന്നും പറയുന്ന സ്വഭാവം ഉണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ കുഴപ്പമൊന്നുമില്ല തേര് തെളിച്ചാൽ മതി ഓ ആവാം പക്ഷെ കർണൻ പറയും എന്താ പറയുക അർജുനന്റെ നേരെ എടുത്തോളാൻ പറയും അപ്പൊ ചല്ല രാവാനാണോ ആരാണ് വിചാരൻ ലൗകൈക ധനുർദ്ധരൻ പരമശിവൻ്റെ അടുത്തുനിന്ന് പാശുപഥാസ്ത്രം നേടിയിട്ടുള്ള ആ അർജുനൻ്റെ കൈ കൊണ്ട് ഇത്ര നേരത്തെ മരിക്കണോ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ പോവാം എല്ലാ സാധ്യതകളെയും തച്ചുടയ്ക്കുന്ന വാക്കുകൾ ശല്യവാണികൾ നമ്മുടെ വാണികൾ ശല്യവാണികളാകാതിരിക്കട്ടെ നമ്മുടെ വാണികൾ ജാമ്പവവാണികളാകട്ടെ അവനെ ഉയർത്താൻ പോകുന്നതായിരിക്കണം ഭഗവാന്റെ ഈ ഒരു വാണിയുണ്ടല്ലോ വാക്കുകൾ ജാംബവധർമ്മത്തെ സൂചിപ്പിക്കുന്നു ചോദിക്കുന്നു അർജുനൻ കഥം എങ്ങനെയാണ് ഭീഷ്മം സംഖ്യ ദ്രോണം ചേ ഭഗവാനെ ഇവർ ഭീഷ്മരെയും ദ്രോണരെയും ആരാണ് പൂജാർഹവും പൂജാർഹരാണ് ആരാധ്യന്മാരാണ് ശ്രേഷ്ഠന്മാരാണ് അവരെ ീ എന്താണ് സംഖ്യെ യുദ്ധത്തില് കഥം പ്രതിയോത്സ്യാമി എന്തുകൊണ്ട് ഇഷുബിഹി അമ്പുകളെ കൊണ്ട് അസ്ത്രങ്ങളെ കൊണ്ട് ഇഷുഭി കഥം പ്രതിയോത്സ്യാമി എങ്ങനെയാണ് ഞാൻ ഇവരെ പ്രതിരോധിക്കേണ്ടത് ഇവർക്ക് നേരെ ശരം എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് മനസ്സിലാവുന്നില്ലല്ലോ മാത്രമല്ല തുടർന്ന് പറയുന്നു അർജുനൻ കുറച്ച് വാച എന്താ പറയാ കുറച്ച് കവിഭാവമൊക്കെ വന്നുകൊണ്ട് അർജുനൻ വൃത്തം മാറ്റി തൃഷ്ടുപ്പ് വൃത്തത്തില് ഭഗവാനോട് ചോദിക്കുക ശ്രേയോഭോക്തും ഭൈക്ഷമപീലോകേ ഹർ കാമാരു महानुभावान अपि गुरू अहत्वा महानुभा महाुभा अहत्वा महानुभावर महातेजस्व गुरू गुरकन्हत्वा ഇഹ ലോകെ ഭൈക്ഷ്യം അപി ഈ ലോകത്ത് ഭിക്ഷാടനം എടുക്കുന്നത് ഭൈക്ഷ്യം അഭിഭോക്തും ഭിക്ഷാടനം എടുത്ത് കഴിയുന്നത് ശ്രേയഹി ശ്രേയസ്കരമാണ് എന്നെനിക്ക് തോന്നും മഹാനുഭാവാൻ ഗുരൂൻ അഹത്വ മഹാനുഭാവന്മാരായ മഹാതേജസ്വികളായിട്ടുള്ള ഗുരൂൻ ഗുരുക്കന്മാരെ അഹത്വ കൊല്ലാതെ ഇഹലോകെ ഭൈക്ഷ്യം അപി ീ ലോകത്ത് ഭിക്ഷാടനം എടുക്കുന്നത് ഭൈക്ഷ്യം അവിഭോക്തും ഭിക്ഷാടനം എടുത്ത് കഴിയുന്നത് ശ്രേയഹാ ഹി ശ്രേയസ്കരമാണ് എന്നെനിക്ക് തോന്നുന്നു ഇവരെ കൊല്ല എന്നുള്ളത് കുറച്ച് കടന്നു കഴിയാം അതുകൊണ്ടിവിടെ ഭിക്ഷ എടുക്കലാണ് ഏറ്റവും ശ്രേയസ്കരമായി തോന്നുന്നത് ഏതെങ്കിലും അധമവികാരങ്ങൾ കടിമപ്പെട്ട ആ മനസ്സ് അത്യുദാത്തമായ ആശയങ്ങളൊക്കെ പറയും ചിലപ്പോൾ നമ്മളോട് നമ്മുടെ കുട്ടികൾ പറഞ്ഞു എന്ന് വരും അഥമ വികാരത്താൽ ഈ ആഗ്രഹത്തിൻ്റെ മുകളിൽ പലപ്പോഴും പല ആളുകളും ഇപ്പൊ മേലുദ്യോഗസ്ഥൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് ഉള്ള ഒറ്റ കാരണം കൊണ്ട് രാജി എഴുതി പോരുന്നവരില്ലേ തന്റെ പ്രായവും തന്റെ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉടനെ മറ്റൊരു ജോലി സ്ഥലത്തൊന്നും കയറാൻ പറ്റില്ല പെട്ടെന്നൊന്നും അപ്പൊ ഇവിടെ നിന്നുള്ള വരുമാനം പെട്ടെന്ന് നിന്നു കഴിഞ്ഞാൽ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതൊന്നും നോക്കാതെ ഒറ്റ എഴുതി കൊടുത്ത ഒരൊറ്റ വരവാ എന്തായാലും വേണ്ടില്ല കുട്ടികളെയും ഭാര്യയും കുട്ടികളെയും ഒക്കെ ആയിട്ട് വീട്ടിൽ എന്താ പറയുക റോഡിൽ തെണ്ടി യാചിച്ചിട്ടെങ്കിലും കഴിഞ്ഞ ഇവന്റെ ഒന്നും ഇതൊന്നും കണ്ടും കേട്ടും ഇരുന്നിട്ട് മതിയായി എന്നൊക്കെ പറഞ്ഞ് നമ്മളിറങ്ങി പോരാറില്ല എത്രയോ ആളുകളുണ്ട് അങ്ങനെയൊക്കെ ഒന്നും നോക്കാതെ ജോലി ഉപേക്ഷിച്ചിട്ടും അല്ലെങ്കിൽ മറ്റുള്ളതും ഒക്കെ ചെയ്തിട്ട് ആ സമയത്ത് ഇതിലും വലിയ അത്യുദാത്തമായിട്ടുള്ള ആശയങ്ങളൊക്കെ നമ്മുടെ പരമത്യാഗിയുടെ അല്ലെങ്കിൽ ഒരു ഋഷിയെ പോലെ ഞാൻ കഴിയാം ഒരു നേരം മതി ഒരു വെള്ളം കുടിച്ചുകൊണ്ട് ഇതിപ്പോ മൂന്ന് നേരം കഴിക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മളൊക്കെ അങ്ങോട്ട് തീരുമാനിക്കാം അങ്ങനെ ഒരു പ്രശ്നമില്ല ഞാൻ എങ്ങനെ വേണമെങ്കിലും എന്നാൽ പിന്നെ കുറച്ചൊന്ന് ഇവിടെ കോംപ്രമൈസ് ചെയ്തുകൂടെ ഈ റോട്ടിൽ ഇത്ര വിഷമിച്ച് നടക്കണോ ഇവിടെ ഒന്ന് ആ അഹങ്കാരം അതിന് സമ്മതിക്കില്ല ആ അഹങ്കാരം സമ്മതിക്കില്ല എന്ന് പറയാം അപ്പൊ എന്ത് ചെയ്യും ഈ അഹങ്കാരം വേറൊരു നല്ലൊരു കുറച്ച് ആശയങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറഞ്ഞു അപ്പൊ അവിടെ എങ്ങനെ ഇതിനെ ഉന്മൂലനം ചെയ്യും ഇത്യാദി സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് കുട്ടികളാണെങ്കിലും ചിലപ്പോൾ നമ്മളോട് പറയും നിങ്ങളുടെ ഒരാളുടെ ഒരു പൈസ പത്ത് പൈസ ഞാൻ ചോദിക്കില്ല പോരെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളതാർക്ക് വേണമെങ്കിൽ കൊടുത്തോളൂ എനിക്കതൊന്നൊരു പത്ത് പൈസ തരട്ട ഞാനേതാ നിങ്ങൾ മേടിച്ച് വന്ന് ഈ ജീൻസ് വരത് അവിടെ അഴിച്ചു വെച്ച് ഞാൻ പൊയ്ക്കോളാം എനിക്ക് വേണ്ട അപ്പൊ നമ്മൾ വിചാരിക്കും ഇവന് ഇത്ര വലിയ ത്യാഗിയായ താൽക്കാലിക എന്നിട്ട് നാട് വേണമെങ്കിൽ വിടും ഗുരുവായൂർ പോയി കറങ്ങിയിട്ട് തിരിച്ചിങ്ങോട്ട് വരും പിന്നെ നമ്മൾ തന്നെ പിടിച്ചു കൈ പിടിച്ചു കൊണ്ടുവരണം ഏറെ അവൻ അത്രയേ അറിയുള്ളൂ പോവാൻ അല്ലെങ്കിൽ കാസർഗോഡ് അതിർത്തി അങ്ങോട്ട് കിടക്കില്ല അപ്പൊ ഗുരൂൻ അഹത്വാഹി മഹാനുഭാവാൻ എങ്ങനെ ഭൈക്ഷമഭി ഭിക്ഷാടനം നടത്തിയിട്ട് പകരം വയ്ക്കുന്നതാണ് ഭിക്ഷാടനം നടത്തിക്കൊണ്ട് ഇഹ രുതിരപ്ര ഇവിടെ ഇവരെ ഗുരു ഹത്വ ഇവരെ കൊന്നിട്ട് ഇവിടെ എന്താണ് രുതിരപ്രതിഗ്ധാൻ രുതിരം രക്തം പ്രതിഗ്ധാൻ അത് ആവൃതമായ പുരണ്ട അർത്ഥകാമാൻ ആ അർത്ഥകാമങ്ങളെ ഭകാൻ ഏവ ഭുജിക്കാൻ ആ സുഖാനുഭവങ്ങളെ ഭുജിക്കാൻ ഭുഞ്ചിയ അതെ അതാണ് അനുഭവിക്കേണ്ടി വരിക യുദ്ധത്തിൽ യുദ്ധത്തിൽ ഞാൻ ഏർപ്പെട്ടാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഈ ഗുരുക്കന്മാരെ കൊന്ന് അവരുടെ രക്തം പുരണ്ട അനുഭവത്തെയാണ് ഞാൻ അനുഭവിക്കാൻ ഇടയാവുക മഹാഭാരത യുദ്ധത്തിന് ശേഷം ഈ ധൃതരാഷ്ട്രൻ ധൃതരാഷ്ട്രൻ വീണ്ടും ഹസ്തനപുരിയിൽ വ്യാസം കഥ പറയുമ്പം ഗംഭീരായിട്ടാണ് പറയുന്നത് അവിടെ തന്നെയാണ് താമസിക്കുന്നത് യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു അവിടെ തന്നെ ഇരുന്നോളാൻ അങ്ങനെ കഴിയുക വീണ്ടും ഏത് ഭീമസേനനെ ആലിംഗനൊക്കെ ചെയ്ത് ലെവലാക്കാൻ അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാ കഥയും നിങ്ങൾക്കറിയാമല്ലോ അവസാനം വിതുരന്ന് നോക്കുമ്പം ഇദ്ദേഹം ഇപ്പോഴും അവിടെ സജീവമായിട്ട് നിലകൊള്ളുക അത് കണ്ടപ്പം വിതുറിന് സഹിച്ചില്ല എന്നാണ് കാരണം ഇവർക്കെതിരെ എന്തൊക്കെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ച് ഇവരെ എങ്ങനെയൊക്കെ ഇല്ലായ്മ ചെയ്യണം എന്ന് വരെ ആ ശകുനിമാമനുമൊക്കെ ആലോചിച്ച് എല്ലാം ചെയ്തതാ എന്നിട്ട് ഇപ്പം മാത്രമല്ല വിതുരോട് പറയാണ് മക്കളൊക്കെ മരിച്ചു വിതുരോട് പറയാ ഇവരെന്ത് ശ്രദ്ധയുള്ളവരാണെന്നറിയൂ ആ യുധിഷ്ഠരൻ എന്ത് മിടുക്കനാണ് അവൻ എന്നെ വന്ന് ദിവസവും പ്രഭാതത്തിൽ കാലു തൊട്ട് വന്ദിച്ചിട്ട് അവൻ എല്ലാ കർമ്മങ്ങളും ചെയ്യാറുണ്ട് ആ ഭീമസേന അവനെ പോലെ ഒരു നല്ലൊരുത്തൻ എന്നൊക്കെ പറഞ്ഞപ്പം വിതുരം പറയുന്നുണ്ട് അതെ ശരിയാണ് ഭീമസേ മാത്രമല്ല വിതുരം പറഞ്ഞു ധൃതരാഷ്ട്രം പറഞ്ഞു ഭീമസേനനാണ് എനിക്ക് ചോറ് കൊണ്ട് തരാറുള്ളത് അത് കേട്ടപ്പോഴാണ് വിതുരർക്ക് എന്തെങ്കിലും ഒന്ന് പറയാം എന്നായത് െ പോലെ ഇങ്ങനെ പോലെ അങ്ങ് ഭീമൻ കുഴച്ചു പിണ്ടച്ചോർ ഉണ്ടിവിടെ കഴിയുമ്പോ അങ്ങേക്ക് സുഖം തന്നെയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു ഭീമാഭിവർജിതം പിണ്ടം ആദത്തെ ഗൃഹപാലവത് ഭീമനാൽ തരുന്ന പിണ്ടച്ചോറ് നായയെ പോലെ കഴിച്ചിവിടെ കഴിയാൻ നാണമാകുന്നില്ലേ അങ്ങേക്ക് എന്ന ചോദ്യം കേട്ടപ്പോഴാ ഒന്ന് നടുങ്ങിയത് പിന്നെ ഇറങ്ങുന്നത് വാനപ്രസ്ഥത്തിന് അപ്പോഴും അവിടെ സുഖമായിട്ട് കഴിയുകയായിരുന്നുണ്ടാ എന്തായിരുന്നു വിതുരന്റെ ഉദ്ദേശം ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് സത്യം അറിയണം അതുകൊണ്ടാണ് വ്യാസഭഗവാൻ വ്യാസഭഗവാൻ രണ്ട് കയ്യും പോക്കി പറയുന്ന ഒരു കാര്യമുണ്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ് ഒരുപാട് ആളുകൾ ഉദ്ധരിക്കാറുള്ളതാണ് ഊർധ്വബാഹുർ അദ്ദേഹം പറയാണ് ഊർധ്വബാഹു ഞാനിതാ കൈകൾ പൊക്കുന്നു കൈകൾ കൈകൾ പൊക്കിക്കൊണ്ട് ഞാൻ പറയുന്നു ഊർധ്വബാഹുർ വിരൗമ്യേഷ ഞാനിതാ രണ്ട് കൈയും പൊക്കി പറയാം എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല നജകശ്ചിത് ശൃണോ ശൃണോമിമേ ശൃണോതിമേ നജകശ്ചിത് ശൃണോതിമേ ഒരാളും എന്നെ കേൾക്കുന്നില്ലല്ലോ എന്ന് ധർമാതർത്ഥശ്ച കാമശ്ചർമ്മത്തിൽ നിന്നാണ് അർത്ഥവും കാമവും എല്ലാം ആവിർഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ധർമ്മത്തിൽ നിന്നാണ് അർത്ഥ കാമങ്ങളെ നേടേണ്ടത് എന്നുള്ളതുകൊണ്ട് തന്നെ സധർമ്മ സധർമ്മ കിംന സേവ്യത ആ ധർമ്മത്തെ ഒരാളും സേവിക്കുന്നില്ലല്ലോ സധർമ്മ കിംന സേവ്യത ആ ധർമ്മത്തെ ഒരാളും സേവിക്കുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ കൈപോക്കി പറഞ്ഞത് അത്ര അപ്പൊ ധൃതരാഷ്ട്രനെ അവസാനം ആ ധർമ്മത്തിലേക്ക് നയിക്കാൻ വിതരൻ ചെയ്യുന്ന പണിയാണ് അതിലങ്ങനെ പെട്ടിരിക്കുകയാണ് അതുകൊണ്ടിവിടെ അർജുനൻ പറയുന്നു എങ്ങനെ ഈ ലോകത്ത് ഞാൻ അഥവാ ഭുജിക്കുന്നുവെങ്കിൽ അത് രക്തം പുരണ്ടതായിരിക്കും അതുകൊണ്ട് ഭഗവാനെ ഞാൻ ഭിക്ഷ എടുക്കാന്ന് പറയാം ഭിക്ഷാടനാണ് എനിക്ക് ശ്രേയസ്കരം എന്ന് തോന്നുന്നു മാത്രമല്ല എന്താണ് അർജുനൻ തുടർന്ന് പറയുക അർജുനന്റെ അർജുനൻ എന്താ പത്ത് വരെ ശ്ലോകങ്ങളില് ഒൻപത് വരെ ശ്ലോകങ്ങളില് അർജുനന്റെ അർജുനൻ ഭഗവാന്റെ മുൻപില് തന്റെ സംശയങ്ങളെയൊക്കെ വയ്ക്കുന്നതാ നോക്കാം നമുക്ക് അർജുനൻ ഭഗവാന്റെ മുൻപിൽ നല്ലൊരു പ്രശ്നത്തെ വയ്ക്കുന്നു പറയണം നൈതദ് വിദ്മ കതരണോ ഗരീയ യദ്വാ ജമ യതിവാ നോ ജയേയു ന്വേവഹ ജിജീവിഷാമ തേ അവസ്ഥിത പ്രമുഖ ധർത്തരാഷ്ട്രാ പറയണു യത് ജയേമ നഹ ജയേയുവാ കതരത് നരീയ ഏതത് ന വിധുമ യത് ജയേമ വയം യത് ജയേമ ഞങ്ങൾ അവരെ ജയിക്കുന്നതാണോ അതോ അവര് ഞങ്ങളെ ജയിക്കുന്നതാണോ ഏതാ ശ്രേയസ്കരം ചോദ്യം എങ്ങനെയുണ്ട് ഞാൻ കൗരവന്മാരെ ജയിക്കണോ അതോ കൗരവന്മാർ എന്നെ ജയിക്കണം ഭഗവാൻ ഏതാണ് ഇപ്പം ഇതിൽ ശ്രേയസ്കരം യത് ജയേമ ന ജയേയുഹൂവ കതരത് നരിയ ഇതിൽ ഏതാണ് ശ്രേഷ്ഠം ശ്രേയസ്കരം ഏതത് ന വിത്മഹ ഇതിനെ ഞാൻ എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് നാം വികാരങ്ങളെ ജയിക്കണോ അതോ വികാരങ്ങൾ നമ്മെ ജയിക്കണം ഏതാ വേണ്ടത് അർജുനൻ ചോദിക്കുന്നത് മാത്രമല്ല യാൻ ഹത്വ ആര് ആരെ കൊന്നാലാണോ ജിജീവിഷാമഹ എന്ന പിന്നെ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത് തേ ധാർത്തരാഷ്ട്രാഹ ആ ധൃതരാഷ്ട്രപുത്രന്മാര് പ്രമുഖേ അവന്മാരിത മുൻപില് അവസ്ഥിതാഹ അണിനിരന്ന് നിൽക്കുന്നു ഇതും ശരിയാണ് നമുക്കുള്ളൊരു പേടി എന്താണെന്നറിയോ കുട്ടികള് സ്വാമിയായി പോയി കഴിഞ്ഞാല് അപ്പൊ ഈ അടുത്ത ഒരു ഒരമ്മ നമ്മളെ വിളിച്ച് പറഞ്ഞു സ്വാമി ഇപ്പൊ ഏതോ ടി വിയിലൊരു സ്വാമിനി പറയുന്നുണ്ടല്ലോ അത് നിങ്ങളുടെ ആശ്രമത്തിലാണ് അതെ അപ്പൊ അവർ എങ്ങനെയാ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലേ ഇല്ല അയ്യോ പാവോ അതിനോട് പറയും ഒരു കല്യാണമൊക്കെ കഴിച്ച് അവിടെ ഈ രണ്ട് കുട്ടികളൊക്കെ വരാൻ ശരിക്കും പറഞ്ഞതാണ് അവര് ഇതൊക്കെ നിങ്ങളൊക്കെ പറഞ്ഞാൽ മതി അപ്പൊ നമ്മുടെ കുട്ടികൾ ആശ്രമത്തിൽ പോണു നമ്മുടെ കുട്ടികൾ ആശ്രമത്തിലേക്ക് പോകുക എന്ന് പറയാം ആരെങ്കിലും ശരി എനിക്ക് സ്വാമിയാവണം എന്ന് പറഞ്ഞാൽ നിങ്ങളെന്താ പറയുക മോനെ ഗീതയൊക്കെ കേട്ടോ പക്ഷേ ഒരിക്കലും സ്വാമിയാവട്ടെ കാരണം എന്താ നീ ഒരു കല്യാണമൊക്കെ കഴിച്ച് ഒരു ജോലിയൊക്കെയായി അതിൽ രണ്ടോ മൂന്നോ കുട്ടികളൊക്കെയായി അങ്ങനെ കുടുംബമൊക്കെയായി സുഖമായിട്ട് കഴിയണം പക്ഷേ ഈ സുഖമായി കഴിയലുണ്ടാവുമോ എന്നുള്ളത് ഇതൊക്കെ കഴിഞ്ഞ് ജീവിക്കുന്നവരോട് ചോദിച്ചാൽ മതി സിനിമയിലൊക്കെ കാണും ചിലപ്പോൾ അങ്ങനെ അവർ സുഖമായി കഴിഞ്ഞു എന്ന് പിന്നെയാണ് അസുഖം തുടങ്ങുക പറഞ്ഞു വന്നത് പല സൗഭാഗ്യങ്ങളും അല്ലെങ്കിൽ പലതും നമുക്ക് ഉപേക്ഷിക്കേണ്ടതായി വരും എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ അതൊരു ഭയമാണ് നമ്മെ സംബന്ധിച്ച് അതുകൊണ്ട് ചെറുപ്പക്കാരൊക്കെ ഈ ആധ്യാത്മികതയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് പേടിയാണ് അവരാണെങ്കിൽ ഓരോരോ ലക്ഷണങ്ങളും കാണിക്കും അവര് പിന്നെ കാവ്യമുണ്ട് ഉടുക്കാൻ തുടങ്ങും പിന്നെ അച്ഛൻ ചോദിക്കാണ് എടാ നിനക്ക് വേണ്ടത് എനിക്കൊന്നും വേണ്ട ഒന്നും വേണ്ട അച്ഛനൊരു കാര്യം ചെയ്യും കാവ്യമുണ്ട് മേടിച്ചോളൂ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭാര്യ ഇപ്പം കുറച്ചായിട്ട് ഗീതാക്ലാസിനൊക്കെ വരുന്നുണ്ട് അവർക്ക് തോന്നി ഇനി പുതിയ സാരി ഒന്നും മേടിക്കേണ്ട പഴയത് തന്നെ മതി എന്താ വേണ്ടത് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ചെറിയൊരു ഭയം തുടങ്ങും കാരണം പരിത്യ ഇവള് അങ്ങോട്ട് പരിത്യജിച്ചു തുടങ്ങുകയാണോ എല്ലാം അങ്ങനെ ചില പലപ്പോഴും ഈ ആധ്യാത്മികത എന്ന് പറഞ്ഞാല് ഈ ഭൗതികമായ ഐഹികമായിട്ടുള്ള ഈ സുഖഭോഗങ്ങളുണ്ടല്ലോ നമ്മുടെ ഈ നിത്യജീവിതത്തില് നാം അനുഭവിക്കുന്ന അനുഭവങ്ങൾക്ക് എതിരാണ് ആധ്യാത്മികത എന്നൊരു ധാരണയുണ്ട് അതുകൊണ്ടിവിടെ വിഭജനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ആധ്യാത്മികത എന്നും ഭൗതികത എന്നും ഇപ്പൊ ഒരു സ്വാമി ഒരു വീട്ടിലേക്ക് പെട്ടെന്ന് കയറി വരുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ ആദ്യം ചെയ്യുക ആ ടി വി അങ്ങോട്ട് ഓഫ് ചെയ്യും കാരണം ടി വി എന്ന് പറഞ്ഞാൽ സ്വാമിക്ക് പറ്റാത്തൊരു അലർജി ആയിട്ടുള്ള എന്തോ ഒരു സാധന പിന്നെ മത്സ്യമാംസങ്ങളൊക്കെ കഴിക്കുന്ന വീടാണെങ്കിലോ അവിടെ സ്വാമിക്ക് കയറാൻ പാടില്ല എന്നാണ് അല്ലെങ്കിൽ സ്വാമി ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങളിലിപ്പോ ഒരുപാട് ഒരുപാട് ധാരണകൾ കിട്ടും അപ്പൊ നിങ്ങൾക്ക് തോന്നണ്ടേ സ്വാമി ഇനി കഴിക്കുന്നുണ്ടോ എന്ന അതെ അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അപ്പൊ അബദ്ധമാണ് അത് ഉടന സ്വാമി എന്ന് പറഞ്ഞാൽ ഉടനെ വേഗം നമ്മൾ ഒരു വിളക്ക് അങ്ങോട്ട് കത്തിച്ചു സ്വാമി വന്നതല്ലേ ഉടനെ ഒരു അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിച്ചു ആ പാക്കറ്റ് ചന്ദൻ തിരി മുഴുവൻ എടുത്തങ്ങോട്ട് കത്തിച്ചു അങ്ങോട്ട് പോക്കച്ചു അത് വെക്കുന്ന ഇവിടെ സ്വാമിയുടെ കാലിൻ്റെ ചുവട്ട് തന്നെ അതെ അതാണ് രസം അവിടെ നിങ്ങനെ പൊക്കും അപ്പം ഇതൊക്കെ സ്വാമിക്ക് വലിയ ഇഷ്ടമാണ് അതോ ആ വീട്ടിലേക്ക് സ്വാമി വരുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ എടാ ഭഗവത്ഗീതയൊക്കെ ഇവിടെ അതൊക്കെ എടുത്ത് മുൻകൂലി വെച്ചു ആ ഫോട്ടോ ഒക്കെ ഒന്ന് തുടച്ചു ക്രെഡിയാക്കി വെച്ചു വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ എടുത്ത് മാറ്റിവെച്ചു അപ്പൊ നമ്മ നാം അതിനെ കാണുന്നത് അങ്ങനെയാണ് അപ്പൊ ഇവരൊക്കെ ഒരു ഞരമ്പ് രോഗികളാണ് ചുരുക്കി പറഞ്ഞാൽ അതെന്തൊക്കെയോ ചിലത് മാത്രം ചിലതിനോടൊക്കെ ഇഷ്ടാനിഷ്ടങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു ദൈവ ഇത് അങ്ങനെ തോന്നാതിരിക്കും അപ്പൊ ഇവിടെയുണ്ട് അങ്ങനത്തെ പ്രശ്നം ഞാൻ അതിനെ ജയിക്കണോ അത് എന്നെ ജയിക്കണോ നമ്മൾ അതിനെ ജയിക്കണോ അത് നമ്മളെ ജയിക്കണം ഇപ്പൊ നടന്ന് നടക്കുന്നത് എന്താണ് ആരാണ് ജയിക്കുന്നത് ആരാരെ ജയിക്കുന്നു അർജുനന്റെ പ്രശ്നമാണ് ചോദ്യം തന്നെയാണ് എന്താണ് എന്ന് എന്താണ് ഇതിൽ ശ്രേയസ്കരം അല്ലെങ്കിൽ ന ഞാൻ അറിയുന്നില്ല എന്താണ് വേണ്ടതെന്ന് തുടർന്ന് വീണ്ടും പറയണം കാർപ്പോഷവഭാവാമി ത്മസംമൂഢേതശ്രേയം ബ്രൂഹിതന്മേ ശിഷ്യസ്തേം ശാഖിമാം ത്വാം പ്രപന്നം കാർപ്പണ്യദോഷോപഹതസ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢേതാ ശ്രേയസ്യാത് നിശ്ചിതം ബ്രൂഹി തത് മേ ശിഷ്യഹാ തേ അഹം മാം ത്വാം പ്രപന്നം പറയും അർജുനൻ തന്നെ വെളിപ്പെടുത്തുക താൻ ആരാണ് എന്ന് എന്താണ് തന്റെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ ഇത്രയൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും അവരും നമ്മുടെ ട്രാക്കിലേക്ക് ഇങ്ങോട്ട് വരും നമ്മളോട് അവരുടെ നിസ്സഹായതയെ അവർ ബോധിപ്പിക്കും അങ്ങനെ ബോധിപ്പിക്കണം എന്നിട്ട് പറയുന്നു ഇവിടെ കാർപ്പണ്യദോഷോപഹത സ്വഭാവ കാർപ്പണ്യദോഷം എന്ന് പറഞ്ഞാൽ കൃപണൻ്റെ അവസ്ഥ കൃപണന് വന്നു ചേരുന്നത് ആരാണ് കൃപണൻ കാർപ്പണ്യദോഷം എന്ന് പറഞ്ഞാൽ കൃപണാവസ്ഥ എന്ന് പറയും അപ്പൊ ആരാ കൃപണൻ എന്നാണെങ്കിൽ ഉപനിഷത്തിലാണ് കൃപണനെക്കുറിച്ച് പറയുന്നത് ആരാരോട് പറയണു എന്നാണെങ്കിൽ ഗാർഗിയോട് യാജ്ഞവൽക്കൻ പറയുന്നു പറയണു യോവാ ഏതത് അക്ഷരം ഗാർഗി അവിതിത്വ അസ്മാതി ലോകാത് പ്രീതി സകൃപണ യോവ ആതൊരാ യാതൊരാളാണോ അസ്മാതിലോകാത് ഈ ലോകത്തിൽ നിന്ന് എന്ത് ഏതത് അക്ഷരം അവിതിത്വ അക്ഷരത്തെ അറിയാതെ അവിതിത്വ അറിയാതെ ഈ ലോകം വിട്ട് കടന്നു പോകുന്നത് അവൻ കൃപണൻ സ കൃപണ അവന്റെ ദോഷം കാർപ്പണ്യം അക്ഷരം എന്ന് പറഞ്ഞാൽ പ്രണവം പ്രണവം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം ഓംകാരത്തെ അറിയാത്തവൻ സ്വരൂപത്തെ അറിയാതെ ഈ ലോകം വിട്ടു പോകുന്നവനാണ് കൃപണൻ ആ കൃപണന് വന്നു ചേർന്ന ദോഷത്തെയാണ് കാർപ്പണ്യദോഷം അങ്ങനെ കാർപ്പണ്യ ദോഷം കൊണ്ട് ആവൃതമായിട്ടുള്ള മനസ്സോടുകൂടിയിട്ട് അതിലെനിക്ക് എന്ത് സംഭവിച്ചു ധർമ്മസമ്മൂട ചേതാ ധർമ്മമേത് അധർമ്മമേത് എന്നറിയാത്തവനായി തീർന്നു ഞാൻ അങ്ങനെയുള്ള ഞാൻ അഹം ത്വാം പ്രിച്ചാങ്ങ അങ്ങയോട് ചോദിക്കുന്നു മേ യത് ശ്രേയഹ തത് നിശ്ചിതം ബ്രൂഹി യാതൊന്നാണോ എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് അതെനിക്ക് പറഞ്ഞു തന്നാലും ഉപനിഷത്തിലെ രണ്ട് മാർഗങ്ങളുണ്ട് ശ്രേയസും പ്രേയസും ശ്രേയസ് എന്ന് പറഞ്ഞാൽ ശുഭകരമായിട്ടുള്ളത് പ്രേയസ് എന്ന് പറഞ്ഞാൽ സുഖകരം ശുഭകരം സുഖകരം അപ്പോൾ ശ്രേയസിനെ പറയും അതെങ്ങനെയാണ് ഒരു ഉദാഹരണം പറയാം അതായത് ഐസ്ക്രീം പ്രേയസാണ് അതായത് കഴിക്കാൻ സുഖമാണ് കഷായം ശ്രേയസാണ് ശുഭകരമാണ് പിന്നീട് അനന്തരം അനുഷ്ഠാനാനന്തരം സുഖകരമായിരിക്കുന്നത് അപ്പൊ ശ്രേയസ് എന്ന് പറഞ്ഞാൽ എന്നേക്കും സുഖകരമായിട്ടുള്ളതിനെ അങ്ങെനിക്ക് പറഞ്ഞു തന്നാലും എത് ശ്രേയഹ തത് നിശ്ചിതം രൂപി നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു എന്തുകൊണ്ടെന്നാൽ തേ ശിഷ്യ അഹം അഹം തേ ശിഷ്യ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് ശിഷ്യപ്പെട്ടുവിടെ ഇവിടെയാണ് ശിഷ്യപ്പെടുന്നത് ഇതുവരെ അതിനു വലിയ മേജർ ജനറലിനെ പോലെയാണ് പറഞ്ഞത് സേനയോ ഉപയോ മധ്യേ രഥം സ്ഥാപയ എന്നു ഇരു സൈന്യങ്ങളുടെ മുൻപിൽ കൊണ്ടുപോയി നിർത്താൻ പറഞ്ഞ ആള് ഇപ്പം വളരെ വിനീതനായിട്ട് പറയുന്നു അഹം തേ ശിഷ്യ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് ത്വാം അങ് എന്നെ പ്രപന്നം ത്വാം പ്രപന്നം അങ്ങയെ പ്രപന്നം ശരണാഗതി പ്രാപിച്ചിട്ടുള്ള മാം എന്നെ ഷാദി ശാസിച്ചാലും ശാസിച്ചാലും എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചാലും രണ്ട് വടിയുണ്ട് രണ്ടടിച്ചാലും എന്നല്ല മലയാളത്തിലെ ശാസിക്കലല്ല ഉപദേശിച്ചാലും അതുകൊണ്ട് ഭഗവാനോട് അർജുനൻ അടുത്ത ശ്ലോകവും കൂടെ പറഞ്ഞ് അർജുനൻ അർജുനൻ തിന്മാങ്ങാണ് പശ്യാമി മമാനുദ്ധം രാജ്യം സുരാണാമി ചാധിപത്യം ഭഗവാനോട് അർജുനൻ പറയുന്നു ഭഗവാനും ഈ ഭൂമിയിൽ ഐശ്വര്യ സമൃദ്ധമായ ഭൂമി ഒരു ശത്രുക്കളുമില്ലാത്ത ഭൂമി കൈവരിച്ചാൽ പോലും എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് പരിഹാരമാകും എന്ന് തോന്നുന്നില്ല കാരണം എൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെ ചുട്ടുപൊള്ളുന്നു എനിക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കിട്ടണം അതുകൊണ്ട് അങ്ങ് അങ്ങയിൽ ശരണാഗതനായിരിക്കുന്ന എനിക്ക് ഈ പ്രശ്നത്തിനൊരു ഉത്തരം നൽകിയാലും ഭഗവാൻ ഇതിന് സമാധാനം പറയാൻ പോവുക നാളെ നാളെ ഭഗവത്ഗീത ആരംഭിക്കുന്നു അപ്പൊ എത്ര ദിവസമോ സ്വാമി നാളെയാണ് ശങ്കരാചാര്യ സ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗീത ആരംഭിക്കുന്നത് ശങ്കരഭാഷ്യം തുടങ്ങുന്നത് നാളെയാണ് ഒന്നാം അധ്യായം അർജുന വിഷാദയോഗം അധ്യായത്തെ സംഗ്രഹിച്ച് മനസ്സിലാക്കാൻ ഒന്നുകൂടെ ശ്രമം നടത്തുകയാണെങ്കിൽ കാരണം രണ്ടിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഒന്നും മറന്നു പോകാൻ പാടില്ല അജ്ഞാനത്തിൽ നിന്നുണ്ടായിട്ടുള്ള അജ്ഞാനജന്യങ്ങളായിട്ടുള്ള കാമവികാരങ്ങളെ എങ്ങനെയാണ് ഒരുവൻ ജയിക്കേണ്ടത് അതിനെ വളരെ പ്രതീകാത്മകമായിക്കൊണ്ട് വ്യാസഭഗവാൻ ചിത്രീകരിച്ചിരിക്കുന്നു അത് യുദ്ധത്തിന് നിദാനമാണ് വ്യാസർക്ക് പറയാനുള്ളതാകാം അപ്പൊ യുദ്ധം ആരംഭിക്കുന്ന ഇടം മനുഷ്യ മനസ്സാണ് ചിന്മയാനന്ദ സ്വാമികൾ ഭഗവത്ഗീതയെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് സ്വാമിജി നല്ലൊരു കഥ പറയാറ് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒന്നാം അധ്യായത്തെ മനസ്സിലാക്കുന്നതിന് ഈ ഒരു കഥ ഒന്നുകൂടെ കേൾക്കുന്നത് നന്നായിരിക്കും നമുക്ക് അടുക്കും ചിട്ടയായിട്ട് അങ്ങനെ പോവാം ഒരു ഹറിവറിയും വേണ്ട ഉറക്കട്ടെ എന്ന് പറയാം നമ്മുടെ ഉള്ളിൽ ഒരു തമാശയുള്ള കഥയാണ് കുറച്ച് കുസൃതിയുള്ള കുട്ടി അമ്മയെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല ആ സമയത്ത് അമ്മ ദേ ഇവനെ വിളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം എനിക്കിവിടെ അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട് അച്ഛൻ അവനെ വിളിച്ചു മിടുക്കനാണ് മോനെ ഇവിടെ വാ അച്ഛൻ്റെ മോനല്ലേ ചെന്നു അച്ഛൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു എന്താ നീ അവിടെ കാണിക്കുന്നത് ഏ ഒന്നുമില്ല ഇവിടെ അടങ്ങിയിരിക്കൂ അപ്പൊ അവനെ അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം കാരണം അച്ഛന്റെ മോനെ ആയതുകൊണ്ട് തന്നെ ഏതായാലും അദ്ദേഹം നോക്കി എങ്ങനെയപ്പോൾ ഇവനെ അടങ്ങി അടക്കിയിരുത്തുക ഒരു പഴയ മാഗസിൻ നോക്കിയപ്പം അതിലൊരു എന്താ ഈ ട്രാവൽ ഒരു ഒരു എയർവെയ്സിൻ്റെ ഒരു പരസ്യമായിരുന്നു അതാണ് അതായത് അവർ ലോകത്തിലേക്ക് എവിടെയൊക്കെ സർവീസ് നടത്തുന്നത് അവരുടെ കൊച്ചി ടു ബോംബെ ബോംബെ ടു ലണ്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോകത്തിലെവിടേക്കൊക്കെ സർവീസ് നടത്തുന്ന ഒരു വേൾഡ് മാപ്പ് അതിൽ സർവീസ് നടത്തുന്ന ഒരു പരസ്യമാണ് അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഒരു ബുദ്ധി എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ശിക്ഷ കൊടുക്കണമെങ്കിൽ അവരുടെ ഉന്നമനവും കൂടെ അതിൻ്റെ പിറകിൽ അവർക്കും വളരാൻ സാധിക്കണമെന്ന് പറയാം അപ്പോൾ അദ്ദേഹം അവനോട് പറഞ്ഞു ഇവിടെ വരൂ കത്രിക കൊണ്ടുവരാൻ പറഞ്ഞു കത്രിക കൊണ്ടുവന്നു എന്നിട്ട് അവനോട് പറഞ്ഞു ഇതാണ് ലോകം മനസ്സിലായോ ആ മനസ്സിലായി എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് തന്ന ആ ലോകത്തെ ചിഹ്നഭിന്നമാക്കി എന്നിട്ട് നന്നായിട്ട് കുലുക്കിയിട്ട് കൊടുത്തു വേറൊരു പേപ്പറിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതിനെ പഴയതുപോലെയാക്കിയിട്ട് അച്ഛന് കൊണ്ടുതരാം ഒന്നും സ്ഥാനം തെറ്റാൻ പാടില്ല ഇന്ത്യയിൽ ആഫ്രിക്ക വരാൻ പാടില്ല ആഫ്രിക്ക നേപ്പാളിലേക്ക് പോകാൻ പാടില്ല ദ്വീപുകളൊന്നും മാറി പോകാൻ പാടില്ല എല്ലാം കൃത്യമായിരിക്കണം അപ്പൊ അവന് ലോകത്തിൻ ലോകം എവിടെ ഇരിക്കുന്നു എന്നൊരു ധാരണയൊക്കെ ഉണ്ടാവും ഏതായാലും കുറച്ച് നേരത്തേക്കുള്ള ഒരു പണിയാണ് അച്ഛനെ അവനെ ഏൽപ്പിച്ചു അവൻ അതുമായിട്ട് പോയി അച്ഛൻ്റെ അടുത്തുനിന്ന് സെല്ലോട്ടേപ്പും കത്രികയൊക്കെ മേടിച്ചു കൊണ്ടുപോയി വളരെ പെട്ടെന്ന് തന്നെ അവൻ തിരിച്ചു വന്നു അച്ഛൻ നിവർത്ത് നോ നോക്കിയ സമയത്ത് എല്ലാം കെറുകൃത്യം ഒരു പൊടി അച്ഛൻ പറഞ്ഞ ദ്വീപുകൾക്കൊന്നും ഒരു മാറ്റമില്ല നമ്മുടെ കൊച്ചിക്ക് അടുത്തുള്ള ദ്വീപുണ്ട് എന്താ നമ്മുടെ ആൻഡമാൻ നിക്കോബർ ഐലൻഡ് അത് അതുപോലെ ലക്ഷദ്വീപുകളൊക്കെ കുത്തുകുത്തുള്ളതാണ് അതുപോലും മാറിയിട്ടില്ല കുറെ ദ്വീപുകളുണ്ടല്ലോ ആന്ധ്രുവോ മിനിക്കോ ഈ കടവത്ത് കടമത്തെ ജത്തിലൊക്കെ പറഞ്ഞിട്ട് കവർത്തി എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ആദാത് സ്ഥാനത്ത് അച്ഛൻ അത്ഭുതപ്പെട്ടു അച്ഛൻ ആദ്യം ചോദിച്ചത് ആരാ നിന്റെ ജോഗ്രഫി ടീച്ചർ എന്നാ ഓ അച്ഛ മഹാബോറിൻ സബ്ജക്റ്റാ എനിക്ക് തീരെ ഇഷ്ടമില്ല എന്ന് പറയുന്നത് പിന്നെ നിനക്ക് എങ്ങനെ ഇത്ര ജ്ഞാനം ഈ വിഷയത്തിൽ നീ എങ്ങനെ ഇതിനെ ഇത്ര നന്നായി മനോഹരമായിട്ട് ഇത് യോജിപ്പിച്ചു അപ്പാവൻ പറഞ്ഞു അച്ഛ ഇത് വളരെ സിമ്പിൾ ഇതിൻ്റെ പിറകിൽ അമിതാഭ് ബച്ചൻ ഉണ്ട് എന്ന് പറയാം അവനാകെ നേരെയാക്കിയത് അമിതാഭ് ബച്ചൻ അതിൽ അമിതാഭ് ബച്ചൻ കോട്ടിട്ടിട്ട് അങ്ങനെ ഒരു നിൽക്കുന്ന ഒരു പടമുണ്ട് അവനേറെ പരിചയമുള്ളൊരു മുഖമാണ് അമിതാഭ് ബച്ചന്റെ താടി അമിതാഭ് കൈ അമിതാഭ് കോട്ടിന്റെ ബട്ടൻസ് ആ പോക്കറ്റ് അതെല്ലാം ശരിയാക്കിയപ്പം സ്വാഭാവികമായും മറുപറം ശരിയായി എന്ന് പറയാം സ്വാമിജി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ലോകത്തിനൊരു മറുപറമുണ്ട് ആ മറുപുറം നമുക്ക് പരിചയമുള്ള മുഖമാണ് അതെൻ്റേതാണ് അവനേറെ പരിചയമുള്ള മുഖം അവൻ്റെ തന്നെ വേറൊരു പ്രതിരൂപമാണ് അവൻ അതിൽ കണ്ടിട്ടുള്ള ആൾ അത് ശിഥിലമാക്കപ്പെട്ടാൽ അത് മുറിക്കപ്പെട്ടാൽ ലോകം മുറിഞ്ഞതായി അത് നേരെയാക്കിയാൽ ലോകം നേരെയായി ലോകത്തിന്റെ മറുപറം ഞാനാണ് അപ്പൊ ക്രൈസിസ് എന്നത് ഐഡന്റിറ്റി ക്രൈസിസ് സ്വാമിജി സ്വാമിജിയുടെ ഭാഷയിൽ പറയും അത് രാഷ്ട്രീയത്തിലോ വിദ്യാഭ്യാസത്തിലോ ശാസ്ത്രത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രംഗങ്ങളിലല്ല അതിന് വീഴ്ച ചുതി സംഭവിച്ചിട്ടുള്ളത് പറയാ വ്യക്തിത്വ ശൈഥില്യം എന്ന് പറയാ നമ്മിലാണ് വിഭജനം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ിക്കപ്പെട്ടു കഴിഞ്ഞാൽ ലോകം വിഭജിക്കപ്പെട്ടു ഇങ്ങനെ വിഭജിക്കപ്പെട്ട വ്യക്തിത്വത്തെ ധൃതരാഷ്ട്രൻ പ്രതിനിധാനം ചെയ്യുന്നു ആ വിഭജനങ്ങളിൽ നിന്ന് എങ്ങനെ ഏകീക എന്താ പറയുക എങ്ങനെ അതിനെ ആ വിഭജനങ്ങളില്ലാതെ യുദ്ധം ഒഴിവാക്കാം ഈ വിഭജനങ്ങൾ ഒഴിവാക്കിക്കഴിഞ്ഞാൽ യുദ്ധം തന്നെ ഒഴിവാക്കാം അതിൻ്റെ എല്ലാ എന്താ പറയുക കാര്യങ്ങളും ഒന്നാം അധ്യായത്തിൽ പറഞ്ഞു പറഞ്ഞതൊക്കെ ഇനി ശ്ലോകങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കുമ്പം എല്ലാം ഓർമ്മയിൽ വേണം രഥകൽപ്പന രഥം പോ രഥസ്ഥാപനം ആരാണ് ഭഗവാൻ ആരാണ് അർജുനൻ ഇത്യാദി കാര്യങ്ങളൊക്കെ ഒന്നാം അധ്യായത്തിൽ നിന്ന് അതേപോലെയാണ് എല്ലാം ഇങ്ങട്ടേക്ക് രണ്ടാം അധ്യായത്തിലേക്ക് കയറി വന്നത് അവിടെ വീണ്ടും ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അർജുനോട് ആദ്യം പറഞ്ഞു അർജുന ഇത് നിനക്ക് അകീർത്തിയെ ഉണ്ടാക്കുന്നതാണ് പേരുദോഷത്തെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്താണ് പേരുദോഷം എന്നാണെങ്കിൽ പേരുദോഷം എന്ന് പറയുന്ന ഒരാചാര്യൻ പേരുദോഷത്തെ അകീർത്തി എന്ന് പറയുന്നത് അതായത് ശങ്കരാചാര്യസ്വാമികളൊക്കെ നം നമ്മെ പറഞ്ഞിട്ടുള്ളത് ജന്തുവിനാം നരജന്മ ദുർലഭം എന്നാണ് ജന്തുക്കളിൽ നരനായിട്ട് ജനിക്കുക എന്നത് ദുർലഭമായിട്ടുള്ള കാര്യമാണ് ദുർലഭം ത്രയമേ വൈതത് ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയഹ മൂന്ന് കാര്യങ്ങളാണ് അതിലും ദുർലഭമായിട്ടുള്ളത് മനുഷ്യത്വം ഒന്ന് മനുഷ്യത്വം ഉണ്ടായിരിക്കുക ഇന്ന് ഇല്ലാത്തതാണ് നാട്ടിൽ നമ്മൾ പറയും സാധാരണ ഒരു വളരെ നല്ല പെരുമാറ്റം ഒരാളിൽ നിന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വള വലിയ അത്ഭുതത്തോടുകൂടി പറയും അയാൾക്ക് മനുഷ്യത്വം ഉണ്ട് മനുഷ്യത്വം എന്നത് നമുക്ക് സഹജമായി ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു ഗുണമാണ് നമ്മൾ അതാണ് വേണ്ടത് പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോയി ആ ഗവൺമെൻറ് ഓഫീസിൽ അദ്ദേഹം നമ്മളോട് വളരെ മാന്യമായി പെരുമാറി നമ്മൾ പോയ സമയത്ത് പേന പോലും ഇല്ലായിരുന്നു അദ്ദേഹം പേന തന്നു അവിടെ ഇരുന്നോളാൻ പറഞ്ഞു സാവകാശം എഴുതിക്കോളാൻ പറഞ്ഞു ആ സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു പറഞ്ഞു തന്നു എല്ലാം എഴുതിപ്പിച്ചു മേടിച്ചിട്ട് എന്നു വരണം എന്താ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മളെ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞയക്കുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിനെക്കുറിച്ച് വീട്ടിൽ നിന്ന് പറയുക എന്താണെന്നറിയാം നല്ലൊരു മനുഷ്യത്വുള്ള ഒരാൾ ആ ഓഫീസിലുണ്ട് ഇല്ലേ നേരെ മറിച്ചിട്ട് പാന് ചോദിച്ച് കഴിഞ്ഞാൽ പാൻ ഇല്ലാതെയാണോ വന്ന് പോയി പാനെടുത്ത് വരും എന്ന് പറഞ്ഞാൽ ഒരു കണ്ടാമൃഗം അവിടെയുണ്ട് ഇല്ലേ ഓ ഒരു ഒരു വല്ലാത്ത ഇയാളൊക്കെ എന്നൊക്കെ നമ്മൾ പറയില്ല അപ്പം മനുഷ്യന് സഹജമായി ഉണ്ടായിരിക്കേണ്ടത് അപൂർവമായി കാണുന്നു ഇന്ന് അപ്പം മനുഷ്യത്വം മുമുക്ഷുത്വം മുമുക്ഷുത്വം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം വേണം എന്ന ആഗ്രഹം പിന്നെയോ മഹാപുരുഷ സംശ്രയ ഒരു മഹാപുരുഷനുമായിട്ടുള്ള സംശ്രയം എന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രത്തിൻ്റെയൊക്കെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ശാസ്ത്രം വിചാരം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് ഗീത ഉപനിഷത്ത് പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുക അത് മനനം ചെയ്യലൊക്കെ മഹാപുരുഷ സംശ്രയമാണ് ഇത് ദുർലഭമായിട്ടുള്ള കാര്യമാണ് അപ്പം മനുഷ്യനായി കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ അതായത് ഏറ്റവും ഉയർന്ന യോനി എന്നാ പറയുന്നത് മനുഷ്യ ഗർഭത്തെക്കുറിച്ച് പറയുന്നത് ആ യോനിയിലൂടെ കടന്നു മനുഷ്യൻ അവൻ്റെ ഏതൊരു ഉദ്ദേശത്തിനായിക്കൊണ്ടാണോ അവൻ പിറന്നത് അതിനെ സാക്ഷാത്കരിക്കാതെ പോകുന്നവൻ അകീർത്തിമാനാണ് വേദാന്തത്തിൻ്റെ ഭാഷയിൽ അകീർത്തി എന്ന് പറഞ്ഞാൽ സ്വരൂപത്തെ അറിയാതെ പോകുന്നവൻ തന്നെയാണ് അത് തന്നെയാണ് കൃപണൻ എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ തൻ്റെ താനാരെന്നറിയുന്നതിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രഹസ്യം അറിയേണ്ടുന്നവനാണ് അപ്പൊ നിനക്കതും നഷ്ടപ്പെട്ടു പോവുമല്ലോ അകീർത്തികരം അർജുന അതുകൊണ്ട് എന്ത് വേണം നീ എടുത്ത തീരുമാനം ഒന്നുകൂടെ ആലോചിക്കേണ്ടതുണ്ട് ഈ ഇത്തരത്തിൽ ഈ ഒരു സമീപനം ഹേതുവായി അർജുനൻ അർജുനൻ്റെ പൂർവ നിശ്ചയം ഉലയ്ക്കപ്പെടുന്നു അത് സംശയമാകുന്നു വീണ്ടും ഭഗവാൻ്റെ മുൻപിൽ അർജുനൻ സംശയത്തെ അവതരിപ്പിക്കുന്നു എങ്ങനെയാണ് ഞാൻ ഗുരുക്കന്മാർ കൊല്ലേണ്ടുന്നത് ഇത്യാദി കാര്യങ്ങളെയൊക്കെ അർജുനൻ ചോദിച്ച് ഞാൻ അവർ എന്നെ ജയിക്കുന്നതാണോ അതോ ഞാൻ അവരെ ജയിക്കുന്നതാണോ ഭഗവൻ ഏതാണ് ശ്രേയസ്കരം മാത്രമല്ല എന്നി എന്നിലിപ്പം കൃപണ എന്താ കാർപ്പണ്യദോഷത്താൽ ആവേശിക്കപ്പെട്ടവനായിട്ടുള്ള ഞാൻ അങ്ങയുടെ ശിഷ്യനായിക്കൊണ്ടിതാ ധർമ്മസമ്മൂഢേത ചേതസ ധർമ്മസമ്മൂഢ ചേതാഹ ധർമ്മ ധർമ്മമെന്ത് അധർമ്മമെന്ത് എന്നറിയാത്തവനായിട്ടുള്ള എനിക്ക് അങ്ങ് ഉപദേശം നൽകിയാലും ഇത്രയും ഇത്ര നമ്മൾ എന്താ കണ്ടത് തുടർന്ന് പറയുന്നു അർജുനൻ ഭൂമൗ അസപത്നം ഋദ്ധം രാജ്യം അപിച്ച് സുരാണാം ആധിപത്യം അവാപ്യ ഭൂമൗ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയില് അസപത്നം അസപത്നം എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ ഈ ഭൂമിയില് ശത്രുക്കളൊന്നും ഇല്ലാതെ ഋദ്ധം ഐശ്വര്യ സമൃദ്ധമായ സമ്പുഷ്ടമായ രാജ്യം അഭി രാജ്യത്തെ മാത്രമല്ല സുരാണാം ആധിപത്യം ഇന്ദ്രൻ്റെ പദവി കിട്ടുക ഇന്ദ്രൻ്റെ പദവി കിട്ടി എന്നിരിക്കട്ടെ എന്നാൽ പോലും അത് പ്രാപിച്ചാൽ അവാപ്യ പ്രാപിച്ചാലും മമ ഇന്ദ്രിയാണാം ശോഷണം എൻ്റെ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയത്തിന് ഏറ്റ ഈ ദുഃഖത്തെ ശമിപ്പിക്കാൻ യത് അപനുദ് യാതൊന്ന് മാറ്റുന്നുവോ തത് പ്രപശ്യാമി നഹി പ്രപശ്യാമി അതിനെ ഞാൻ കാണുന്നില്ല ഇത് അർജുനൻ എൻ്റെ തികഞ്ഞ വൈരാഗ്യത്തിൻ്റെ ലക്ഷണമാണ് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വികതഹ രാഗം രാഗം പോയിട്ടുള്ളത് ഏതിൽ അനിത്യമായത് അപ്പം രാജ്യവും രാജ്യത്തിൽ നിന്ന് കിട്ടുന്നതെല്ലാം താൽക്കാലികമാണെന്നും നിത്യമല്ലെന്നും ആ നിത്യമായതിനെ അറിഞ്ഞാൽ മാത്രമേ എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പോലും ഇപ്പം എന്താ അതിനൊരു സാമ്യാവസ്ഥ അതിനൊരു ശമനം ഉണ്ടാകുന്നുള്ളൂ എന്ന് അർജുനൻ കണ്ടെത്തുക ഇത് ഇത് ഒരു എന്താ തികഞ്ഞ സാധകൻ്റെ ലക്ഷണമാണ് ഇതിനാണ് വൈരാഗ്യം അതായത് പ്രപഞ്ചത്തിലെ ഭൗതികമായ വസ്തുക്കൾക്കൊക്കെ എത്ര നമ്മെ സന്തോഷിപ്പിക്കാൻ ആനന്ദിപ്പിക്കാൻ സാധിക്കും അതിൻ്റെ എക്സ്ട്രീമിലേക്കാണ് അർജുനൻ പോകുന്നത് ഇന്ദ്രൻ്റെ പദവിയിലേക്കും ഭൂമിയുടെ മുഴുവൻ അധികാരിയായിരിക്കുക എങ്ങനെയുള്ള ഭൂമിയുടെ ശത്രുക്കളില്ലാത്ത ഭൂമിയുടെ അത് ലഭിച്ചാൽ പോലും ഭഗവൻ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ എൻ്റെ ഇന്ദ്രിയങ്ങൾ തൃപ്തിയാകും എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് എന്നെ അങ്ങ് ശാസിച്ചാലും എനിക്ക് ഉപദേശം നൽകിയാലും ഇത്രയും പറഞ്ഞു അർജുനൻ അവസാനിപ്പിച്ച പരിപാടി തുടർന്ന് സഞ്ജയൻ വീണ്ടും നമ്മളോട് അതായത് ധൃതരാഷ്ട്ര മഹാരാജാവിനോട് സംസാരിക്കുന്നു നോക്കാം സഞ്ജയ സഞ്ജയ ഉച വീണ്ടും സഞ്ജയൻ പറയുന്നു ഇതടക്കി നമ്മൾ ഈ സിനിമയൊക്കെ കാണുമ്പം അങ്ങനെ ഉണ്ടാവുമല്ലോ സിനിമ തുടങ്ങുന്നത് ചിലപ്പോ ഒരാൾ കത്തെഴുതുന്നതായിരിക്കും പ്രിയപ്പെട്ട അമ്മയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടങ്ങോട്ട് തുടങ്ങും പിന്നെ ക്യാമറ നേരെ അമ്മയുടെ നാട്ടിലേക്കാ പോവാം കത്തെഴുതുന്നത് ഡൽഹി എന്നോ ബോംബെ എന്നോ അമേരിക്ക ആയിരിക്കും പിന്നെ ഇടയ്ക്ക് കത്തിലേക്ക് വരും ഇത് വളരെ പണ്ടേ വ്യാസ ഭഗവാൻ ചെയ്തു വെച്ചിട്ടുള്ളൊരു പരിപാടിയാണെന്ന് പറയാം ഇടയ്ക്ക് കുരുക്ഷേത്ര ഭൂമിയിലേക്കും ഇടയ്ക്ക് ഹസ്തനപുരിയിലേക്കും നമ്മളിങ്ങനെ പിന്നെ ഭഗവാന്റെ അടുത്തേക്കും അർജുനൻ ആ അവരുടെ രണ്ടുപേരുടെ അടുത്തേക്കും കൊണ്ടുപോവ എന്ന് പറയും പറയുന്നു സഞ്ജയൻ ഏവം ഉക്വാൃഷികം ഗുഢാകേശ പരന്തപ ന യോത്സ്യം ഇതി ഗോവിന്ദ ഗോവി ഗോവിന്ദം ഉക്വാ തൂഷ്ണീം ബഭുവഹ ഗുടാകേശ ഇവിടെയും വീണ്ടും സഞ്ജയൻ അർജുനനെ പറയുന്നത് ഗുഢാകേശൻ എന്ന നിദ്രയെ ജയിച്ച ശരിക്കും പറഞ്ഞാൽ അർജുനൻ അജ്ഞാനത്തെ ജയിച്ചു കഴിഞ്ഞു ചോദ്യത്തിലൂടെ തന്നെ ഗുഡാകേശനായിട്ടുള്ള നിദ്രയ ജയിച്ചവനായ പരന്തപനായ പരന്തപ എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിനെ തപിപ്പിക്കാൻ പോന്ന അജ്ഞാനജന്യങ്ങളായ വാസനകളെ മുഴുവൻ ദൂരീകരിക്കാൻ തയ്യാറായ തയ്യാറാകുമ്പോഴേക്കും അതായി കഴിഞ്ഞു എന്നാണ് നമ്മുടെ ശാസ്ത്രത്തിൽ ഒരാൾ തയ്യാർ തയ്യാറായാൽ മതി അപ്പോഴേക്കും അവനെ അതായി അങ്ങനെ അവരോധിക്കും ഭഗവാൻ അങ്ങനെ പറയുന്നത് ഇപ്രകാരം പറഞ്ഞിട്ട് നയോത്സ്യ ഗോവിന്ദം ഭഗവാനെ ഞാൻ ഇനി യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള അവനോട് തൂഷ്ണീം ബബുവഹ അവനങ്ങനെ മിണ്ടാതിരുന്നു ആര് അർജുനൻ ഭഗവാനോട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് അർജുനൻ മിണ്ടാതിരുന്നു ഇനി ഭഗവാൻ ഇതാ ഇവിടുന്ന് എന്താണ് അവനോട് ഭഗവാൻ എങ്ങനെയാണ് ഭഗവാൻ അവനോട് സംസാരിക്കാൻ പോകുന്നത് എന്ന് പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നു വളരെ എന്താ ഗംഭീരായിട്ടുള്ളൊരു ശ്ലോകാണ് സഞ്ജയൻ വിവരിക്കുന്നത് അമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോ ഉഭയോ മധ്യേ വിഷീദന്തം ഇതം വചഹാരത അല്ലയോ ധൃതരാഷ്ട്രമഹാരാജാവേ ഉഭയോ സേനയോ മധ്യേ വിഷീദന്തം തം ഇരു സൈന്യങ്ങളുടെ മധ്യത്തിലായി വിഷാദിച്ചു നിൽക്കുന്ന തം അർജുനം അവനോട് ഹൃഷീകേശീകേശൻ ഭഗവാൻ ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ ഈശ്വനായ ആ ബോധസ്വരൂപം പ്രഹസൻ ഇവ പ്രഹസൻ എന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന ഇവ എന്ന് പറഞ്ഞ പോലെ ഒരു ചെറു എന്ന് പറയാം ഇതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ മർമ്മം അത് പൊട്ടിച്ചിരിച്ചു കഴിഞ്ഞാൽ അർജുനാകെ വിഷമിച്ചു പണ്ടൊക്കെ വീട്ടിൽ നല്ല കൗൺസിലേഴ്സ് ഉണ്ടായിരുന്നു ആരാന്ന് ചോദിച്ചാൽ ഒന്ന് പശുവാണ് പശു ബെസ്റ്റ് കൗൺസിലറാണ് കാരണം തിരിച്ചൊന്നും പറയില്ല എല്ലാം കേട്ടോളൂ നമ്മൾ അതിനോടാണ് എല്ലാ കഷ്ടപ്പാടും പറയുക അതിന് വെള്ളം കൊണ്ടുകൊടുക്കുമ്പോൾ അതിന് വെള്ളം ഇങ്ങനെ കലക്കി ഇങ്ങനെ പറയും എൻ്റെ മോളെ നീയെങ്കിലും നീ അറിഞ്ഞോ ഈ അമ്മാരൊക്കെ എന്നോട് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങും ഇവർക്ക് വലിയൊരാശ്വാസമാണ് അതിനോട് പറഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിലെ വേറെ പൂച്ചയായിരിക്കും ചിലപ്പം പൂച്ചയെ എടുത്തു വെച്ചിട്ട് അതിനോട് പറയും അല്ലെങ്കിൽ നായക്കുട്ടിയായിരിക്കും അവർ പ്രതികരിക്കില്ല അവരിതെല്ലാം കേട്ടോളൂ ചെവിയൊക്കെ കൂർപ്പിച്ചിട്ട് കേൾക്കും നമുക്കും തോന്നും അവർ കേൾക്കുന്നുണ്ടല്ലോ ആ നീയെങ്കിലും ഒരാൾ എന്നെ മനസ്സിലാക്കിയല്ലേ എന്നൊരാശ്വാസമുണ്ടാവും അപ്പോൾ ഭഗവാൻ ഈ ഭഗവാൻ ഈ അർജുനൻ പറഞ്ഞതൊന്നും തന്നെ സ്വാധീനിച്ചിട്ടില്ല അങ്ങനെ സ്വാധീനിക്കാതെ ഇരിക്കുമ്പോഴേ ഒരാൾക്ക് സഹായിക്കാൻ പറ്റൂ നമ്മളെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എപ്പോഴും നിങ്ങളുടെ അടുത്ത് വരേണ്ടി വരും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ കൗൺസിലർ ഇടയ്ക്കിടയ്ക്ക് വരണം വീട്ടിൽ അതാണ് ഈ പഞ്ച എന്താ പറയുക മധ്യസ്ഥം വഹിക്കാൻ പോകുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ് പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയിട്ട് ഇരിക്കേണ്ടി വരും ഇവരുടെ നടുക്ക് താതാത്മ്യം പ്രാപിച്ചാൽ അപ്പം താതാത്മ്യമില്ലാത്ത നിസ്സംഗ ഭാവത്തെ ഇവിടെ ഭഗവാൻ കൈക്കൊണ്ടിട്ടുണ്ട് നിസ്സംഗഭാവത്തെ പൂർണ്ണമായ നിസ്സംഗം അതാണ് ആ പ്രഹസന് ശിരി ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയാം സാദാത്മ്യമില്ലാത്ത നിസ്സംഗ ഭാവത്തെ ഇവിടെ ഭഗവാൻ കൈക്കൊണ്ടിട്ടുണ്ട് നിസ്സംഗഭാവത്തെ പൂർണ്ണമായ നിസ്സംഗം അതാണ് ആ പ്രഹസന് ശിരി ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയാം ഭഗവാന്റെ എല്ലാ വേലകളും എല്ലാ അതുകൊണ്ടാണ് അതിനെ ലീല എന്ന് പറഞ്ഞത് ലീല ഡിറ്റാച്ച്മെൻറ്റോടുകൂടി ചെയ്യുന്നതാ ലീല അതുകൊണ്ട് ഭഗവത് ലീല എന്ന് പറയും ഏത് കർമ്മവും ഭഗവാൻ ലീലയാണ് അതുകൊണ്ട് ശ്രീകൃഷ്ണനെ പോലെ ഒരു ഈശ്വരീയ സങ്കൽപ്പം ലോകത്തിൽ വേറെ എവിടെയും കാണില്ല കുരുക്ഷേത്ര ഭൂമിയിൽ അവിടെ യുദ്ധം ചെയ്യുന്ന കൃഷ്ണൻ എന്നാൽ അനേകം ഗോപികമാരുടെ കൂടെ ഡാൻസ് ചെയ്യുന്ന ഒരാൾ കുട്ടികളുടെ കൂടെ കളിക്കുന്ന ഒരാൾ മൃഗങ്ങളുടെ കൂടെ ഏത് ഏത് റോളും അദ്ദേഹം കൈകാര്യം ചെയ്യുമെന്ന് പറയാം ഏതും ഇവൻ നമ്മുടെ രാമനൊന്നും പറ്റില്ല ഇത് ശ്രീരാമനൊന്നും കൃഷ്ണൻ്റെ വേഷം പറ്റില്ല ആർക്കും പറ്റില്ല ആയുധം എടുക്കുന്ന അതേ കൈകളിൽ മുരളിയെടുക്കുക രണ്ടും അദ്ദേഹത്തിൻ്റെ കൈകൾക്ക് ചേരുന്നതാണെന്ന് പറയുക അങ്ങനെയാണ് കൃഷ്ണനെ സമ്പൂർണ്ണനായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു വലിയ ഒരു മഹാഗുരുവിന്റെ ഭാവം പൂർണ്ണമായി കൈക്കൊണ്ടുകൊണ്ട് ഉപദേശം കൊടുക്കുന്നു അതിനും പോന്നവൻ എന്ന് പറയാം തുടങ്ങുന്നു ഭഗവാന്റെ ഉപദേശം നോക്കാം ശ്രീഭഗവ്യന്വശോചം പ്രജ്ഞാവാദം ശ്രീ ഭഗവാൻ ഭഗവാൻ മറുപടി പറയുന്നു രണ്ടാം അധ്യായം പതിനൊന്നാം ശ്ലോകം മുതലാണ് ഭഗവാൻ നേരിട്ട് അർജുനനുമായിട്ട് സംഭാഷണം ആരംഭിക്കുന്നത് ശ്രീകൃഷ്ണ അർജുന സംവാദം അതിൻ്റെ പൂർണ്ണ ഭാവത്തോടുകൂടി ആരംഭിക്കുന്നത് ഇവിടെയാണ് ഇവിടുന്ന് മുതലാണ് ഭഗവത്ഗീതയ്ക്ക് ശങ്കരാചാര്യ സ്വാമികൾ ശങ്കരഭാഷ്യം അതായത് ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം രചിക്കുന്നത് ഭഗവത്ഗീതയെ വ്യാഖ്യാനിക്കുന്നത് ഭഗവത്ഗീത വ്യാഖ്യാനം ബ്രഹ്മസൂത്ര വ്യാഖ്യാനം ഉപനിഷത്തുകളുടെ വ്യാഖ്യാനം ഇതാണ് ശങ്കരാചാര്യ സ്വാമികൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മഹത്തായ കാര്യം അതുപോലെ പ്രകരണ ഗ്രന്ഥങ്ങൾ കുറേ പ്രകരണ ഗ്രന്ഥങ്ങളും അപ്പൊ ഭഗവത്ഗീത എന്തുകൊണ്ട് ശങ്കരാചാര്യർ പതിനൊന്നാം ശ്ലോകം മുതൽ വ്യാഖ്യാനിച്ചു അതുകൊണ്ട് ആണ് പിന്നീട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഈ കാര്യം അതുകൊണ്ടാണ് പിന്നീട് പല ആചാര്യന്മാരും ഒന്നാം അധ്യായത്തെ സൗകര്യപൂർവം മാറ്റിവെച്ച് കാരണം അതിൽ ഭഗവാനുമായിട്ടുള്ള നേരിട്ടുള്ള സംഭാഷണമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ മാറ്റിവെച്ച് രണ്ടാം അധ്യായം മുതൽ ജ്ഞാനയജ്ഞങ്ങളും അല്ലെങ്കിൽ ചർച്ചകൾക്കൊക്കെ തെരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നാം അധ്യായം ഭാഷ്യം രചിക്കാൻ ആചാര്യസ്വാമികൾ സമയം കണ്ടെത്തിയിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം തനിക്കുണ്ട് എന്ന് തോന്നിയിട്ടില്ല മാത്രമല്ല ശങ്കരാചാര്യരെ പോലെ ഒരു മഹാ ആചാര്യൻ ഇങ്ങനെ പതിനൊന്നാമത്തെ ശ്ലോകം മുതൽ പറഞ്ഞു പോയപ്പം പിന്നീട് വന്നിട്ടുള്ളവർക്ക് തോന്നിയിട്ടുണ്ടാവാം ഞങ്ങൾക്കും ഞങ്ങളും അതുപോലെ ചെയ്താൽ മതി എന്ന് എന്തോ പക്ഷേ ആചാര്യസ്വാമികൾ ഭാഷ്യം തുടങ്ങുന്നതിന് മുൻപായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് നോക്കുന്നത് നന്നായിരിക്കും വളരെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യമേ നോക്കുന്നുള്ളൂ ശങ്കരഭാഷ്യം മുഴുവനായിട്ട് നോക്കുക അതെ ഭാഷ്യവും അതിൻ്റെ മറ്റ് വശങ്ങളുമൊക്കെ നോക്കിയാൽ പറയണു ഭഗവത്പാദർ അത്ര ചൃഷ്ടത്തോ പാണ്ഡവാനീകം ഇത് ആരഭ്യ ഇതി ഗോവിന്ദം ഉക്വാ തൂഷണീം ബഭൂവഹ ഇത്യേ ഇത് ഏതത് അന്ധ പ്രാണിനാം ശോകമോഹാദി സംസാര സംസാര ബീജഭൂതദോഷോത്ഭവകാരണ പ്രദർശനാർത്ഥത്വേന വ്യാഖ്യേയോ ഗ്രന്ഥ എന്തിനായിക്കൊണ്ടാണ് എങ്ങനെയാണ് ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് ആചാര്യസ്വാമികൾ പറയുക പറയണു ദൃഷ് ദൃഷ്ടു പാണ്ഡവാനീകം ഇത്യാരഭ്യ എവിടെയാണ് ആ ശ്ലോകം തുടങ്ങുന്നത് ദൃഷ്ടു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്താ ആചാര്യമുപസംഗമ്യ രാജ വചനമബ്രവീദ് ഇത് ആരഭ്യ എന്ന് പറഞ്ഞാൽ ഒന്നാം അധ്യായത്തിലെ രണ്ടാമത്തെ ശ്ലോകം മനസ്സിലായോ അപ്പം പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് ദൃഷ്ടു പാണ്ഡവാനീകം എന്ന ശ്ലോകം മുതൽ ഇത് യോത്സ്യ ഇതി ഗോവിന്ദം ഉക്വാ തൂഷ്ണീം ബബുവ അതെവിടെയാ പറഞ്ഞത് രണ്ടാം അധ്യായത്തില് ഇപ്പം നമ്മൾ ചൊല്ലിയതേ ഉള്ളൂ ഇല്ലേ ഇത്യാധ്യ അതായത് ഇനി ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് ഗോവിന്ദനോട് പറഞ്ഞ് മിണ്ടാതെ ഇരുന്നു തൂഷ്ണീം ബബുവ മിണ്ടാതെ ഇരുന്നു ഇത്യ ഇത് ഏതത് ഇത് തുടക്കവും അവസാനവുമായിട്ടുള്ള ഈ ശ്ലോകത്തെ പ്രാണിനാം പ്രാണിനാം എന്ന് പറഞ്ഞാൽ പ്രാണികളുടെ പ്രാണി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പ്രാണികളാണ് ഈ എഴഞ്ഞു പോന്ന ചെറുത് മാത്രമല്ല പ്രാണി അങ്ങനെ ധരിച്ചേക്കേണ്ട പ്രാണനെ ധരിച്ചിട്ടുള്ളവരെല്ലാം പ്രാണികളാണ് പ്രാണിനാം ശോകമോഹാദി സംസാര ബീജഭൂത ദോഷോത്ഭവ കാരണ പ്രദർശനാർത്ഥത്വേന വ്യാഖ്യേയോ ഗ്രന്ഥ അതായത് പ്രാണികൾക്ക് നമുക്കൊക്കെ ശോകമോഹങ്ങളാകുന്ന ശോകം മോഹം ഇത്യാദികൾക്ക് കാരണമാകുന്ന സംസാര ബീജഭൂതദോഷങ്ങൾ സംസാരത്തിൻ്റെ അതായത് ഈ പല വ്യാകുലതകളുണ്ടല്ലോ മനസ്സിൻ്റെ ആ മനസ്സിൻ്റെ വ്യാകുലതകൾക്കൊക്കെ അതിൻ്റെ ഉദ്ഭവത്തിൻ്റെ കാരണത്തെ പ്രദർശിപ്പിക്കുന്നതിനായിട്ടുള്ളതാണ് അങ്ങനെ തന്നെ അതിനെ വ്യാഖ്യാനിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഒന്നാം അധ്യായം അർജുനന്റെ മനസ്സിലെ ഈ സംഘർഷങ്ങളാണ് സംസാരത്തിന് മുഴുവൻ ഹേതുവായിട്ടുള്ള അജ്ഞാനത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ ആചാര്യസ്വാമികൾ തന്നെ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുന്നു അപ്പൊ താൻ ആ ഒന്നാം അദ്ധ്യായത്തിലെ ശ്ലോകം മുതൽ ഇതുവരെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞു അതിന് ഇത്രയേ എടുത്തിട്ടുള്ളൂന്നേ ഉള്ളൂ ഉം ഭാഷ്യം ചമച്ചില്ലാന്ന് പറയരുത് അപ്പം ശങ്കരാചാര്യസ്വാമികൾ മുഴുവൻ ഭാഷയും ചമിച്ചിട്ടുണ്ട് അതെന്താണ് ഇതെങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് എന്ന് തുടങ്ങി ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് ഭഗവാനോട് പറഞ്ഞ് മിണ്ടാതെ ഇരുന്നതിന് എങ്ങനെ വേണം പ്രാണികൾക്ക് സംസാര സംസാരത്തിന് ഹേതുവായി എന്തൊക്കെ ഉണ്ടാകുന്നുവോ ആ പ്രകാരത്തിൽ അതിൻ്റെ ആ ദോഷോത്ഭവത്തിന്റെ കാരണത്തിനായി ആ കാരണം കണ്ടെത്തുന്നതിനായിട്ട് അല്ലെങ്കിൽ ആ കാരണത്തെ പ്രദർശിപ്പിക്കുന്നതിനായിട്ട് അത് കാണിച്ചു കൊടുക്കുന്നതിനായിട്ട് ഇതാണ് സംസാരത്തിന് കാരണം എന്ന് അപ്പൊ അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കേണ്ടത് ആവശ്യമാണ് എങ്കിൽ കേവലം ബാഹ്യമായ ഒരു യുദ്ധഭൂമി ബാക്കിയുള്ള പ്രാണികളുടെ സംസാര ദോഷത്തിനായിട്ട് എങ്ങനെ ഭവിക്കും അപ്പൊ അതുകൊണ്ട് അതിനെ തത്വവിചാരം ചെയ്യേണ്ടതാണ് എന്ന് സാരം തുടർന്ന് ആചാര്യസ്വാമികൾ പറയുണു തീ അർജുന രാജ്യഗുരുപുത്രമിത്രഹൃ സുഹൃസ്വജനസമ്പവേഷു അഹം എം മമ എവം ഭ്രാന്തി പ്രത്യനിമേഹവിച്ചേദാതിനിമ ആത്മന ശോകമോഹ പ്രദർശ കഥം ഭീഷ്മം അഹം സംഗീ ഇയാദീന ഇനി പറയണു കഥം ഭീഷ്മ അഹം സംഖ്യ ഇത്യാദി ശ്ലോകങ്ങൾ ഏതിനെ സൂചിപ്പിക്കുന്നതാണ് തഥാ അതുപോലെ അർജുനേന അർജുനനാൽ രാജ്യ പുത്ര മിത്ര സുഹൃത് സ്വജന സംബന്ധി ബാന്ധവേഷു ഈ പറഞ്ഞ രാജ്യം ഗുരു പുത്രൻ മിത്രൻ ഏതെങ്കിലുമൊക്കെ പ്രകാരത്തിൽ സ്വജന ബാന്ധവേഷു സ്വന്തക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൽ എന്താണത്ര വന്നുകൂടിയത് അഹമേഷാം മമ ഏതേ ഇതിയേവം അവർ എൻ്റേത് ഞാൻ അവരുടേത് ഇങ്ങനെയുള്ള ആചാര്യസ്വാമികൾ പറയുന്നു ഭ്രാന്തിപ്രത്യ നിമിത്ത ഭ്രാന്തിപ്രത്യമാണിത് അതായത് ഭ്രാന്തിപ്രത്യം എന്ന് പറഞ്ഞാൽ ആയഥാർത്ഥ്യമാണ് അജ്ഞാനജന്യമാണ് എന്ന് പറയാം നാം പറയുന്ന ഇതൊക്കെ തന്നെ എല്ലാ ബന്ധങ്ങളും അജ്ഞാനത്തിൽ നിന്നുള്ളതാണ് അച്ഛൻ അമ്മ അമ്മമ്മ അച്ഛമ്മ എല്ലാം വലിയ ഭ്രാന്താണ് അപ്പൊ സ്വാമി ഇനി അവരെ അങ്ങനെ വിളിക്കേണ്ട എന്നാണോ അതായത് അത് സത്യമല്ല എന്ന് പറയാം സത്യമല്ല അത് അതിലൊരു സത്യവും ഇല്ല ഭ്രാന്തിപ്രത്യ നിമിത്ത സ്നേഹവിച്ഛേദാദി നിമിത്തവും ആത്മനഹ ശോകമോഹൗ പ്രദർശിതൗ കഥം ഭീഷ്മഹം സംഖ്യ ഇത്യാദിന അപ്പം ഞാൻ ഇവരുടേത് അവരെന്റേത് ഇവരെൻ്റേത് ഈ ഭ്രമജനിതമായിട്ടുള്ള ഭ്രമത്തിൽ നിന്നുണ്ടായിട്ടുള്ള ആ സ്നേഹവിച്ഛേദം തുടങ്ങിയ അത് ഹേതുവായിട്ട് തന്നിലെന്തുണ്ടായി ശോകമോഹങ്ങളുണ്ടായി പിന്നെ ഭീഷ്മരെയും ദ്രോണരെയും എങ്ങനെ ഞാൻ കൊല്ലും എന്നൊക്കെയായി അർജുനന്റെ സംശയം അതുകൊണ്ട് ശോകമോഹാഭ്യാം ഹി അഭിഭൂത വിവേകവിജ്ഞാന ക്ഷാത്രധർമ്മേ യുദ്ധേ പ്രവൃത്ത അപ്പി തസ്മാത് യുദ്ധാത് ഉപരമ പരധർമ്മം ചിക്ഷാജീവനാധികം കർത്തും പ്രവവ്രതേ വളരെ വളരെ എന്താ ആചാര്യ ഭഗവത്പാദര് നമ്മൾ നമ്മളെവിടെ ഓർമ്മിപ്പിക്കണം നമ്മളും അർജുനനെ പോലെയായി തീരും എന്താ ഇവിടെ പറയുന്നത് ശോകമോഹാഭ്യാം ഹി അഭിഭൂത നിശ്ചയമായിട്ടും ശോകമോഹങ്ങളാൽ വിവേകവിജ്ഞാനം നശിച്ചിട്ടുള്ള അർജുനൻ സ്വതയവ അവൻ എന്ത് ചെയ്തു ക്ഷാ ക്ഷാത്രധർമ്മേ യുദ്ധേ പ്രവൃത്ത അഭി ഒരു ക്ഷത്രിയന് വേണ്ട ധർമ്മം യുദ്ധമാണ് അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട് ആ ധർമ്മത്തിൽ നിന്ന് തസ്മാത് യുദ്ധാത് അത് ഹേതുവായിട്ടുള്ള അവൻ ചെയ്യേണ്ടുന്ന ആ ധർമ്മത്തിൽ നിന്ന് ഉപരരാമ അവൻ അതിൽ നിന്ന് നിവർത്തിച്ചു എന്നിട്ടോ പരധർമ്മം ച പരധർമ്മം എന്താ മറ്റൊരാളുടെ ധർമ്മത്തെ ഏതാണ് ആ ധർമ്മം സന്യാസിയുടെ ധർമ്മേ ഇത് പറയണു ഭിക്ഷാ ജീവനാധികം കർപ്പും പ്രഭവ്രതേ അവൻ ഭിക്ഷ എടുക്കാം എന്ന് പറഞ്ഞു നമ്മളും ഇങ്ങനെയാണ് ഭിക്ഷ എടുക്കാൻ ഈ വിദ്വാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നാ അതും വ്യാസര് കാണിച്ചു വന്നിട്ടുണ്ട് പണ്ട് സ്വാമിയാരായിട്ടിരിക്കുമ്പം തന്നെ സ്വാമിയാരുടെ വേഷമൊക്കെ കിട്ടിയ ആളാ അല്ലേ ഭഗവാൻ തന്നെയാ പറഞ്ഞു കൊടുത്തത് സ്വാമിയായിട്ടിരുന്നുള്ളൻ ഇനി അർജുന അങ്ങനെ ആരെങ്കിലും ഭിക്ഷ ചോദിച്ചിട്ട് കൊടുത്തില്ല എന്നിരിക്കട്ടെ ഭിക്ഷ എടുക്കാനോ അതിൻ്റെ വിധിയൊക്കെ ഉണ്ട് ഭിക്ഷാം ദേഹി ഭവതി ഭിക്ഷാം ദേഹി ഭവതി ഭിക്ഷാം ദേഹി മൂന്ന് പ്രാവശ്യം ചോദിക്കാവൂ മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അനുഗ്രഹിച്ചു പോകുന്നുള്ളൂ ഇതാണ് വിധി അർജുനൻ മൂന്ന് ചോ രണ്ടാമത്തത് ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അർജുനൻ ആ ഭിക്ഷാപാത്രം മതിയായുധം അല്ലവന് പുല്ലുമായുധമാണല്ലോ ആ വീട് തന്നെ നശിപ്പിച്ച് കളയും അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന എന്തെങ്കിലും എടുത്തിട്ട് കാരണം അർജുനൻ്റെ പ്രകൃതം അതാണ് അപ്പൊ അർജുനനെ അടി ഉണ്ടാക്കും അപ്പൊ അർജുനൻ പരധർമ്മത്തെ സ്വീകരിക്കാൻ തയ്യാറായി എന്തുകൊണ്ട് അത് ഹേതുവായിട്ടുള്ള അജ്ഞാനത്തിൽ നിന്ന് അപ്പം നാം പരധർമ്മത്തെ പരധർമ്മം ചെയ്യാൻ നാം തയ്യാറാകുന്ന സമയത്ത് നാം നന്നായി ആലോചിക്കണം എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോഴുള്ള ഇത് വിട്ട് അതിലേക്ക് പോകുന്നത് എന്ന് ഭഗവാൻ ഭാഗവതത്തിൽ ഇതൊക്കെ വളരെ ഭംഗിയായ കഥാരൂപത്തിലാണ് കാണിച്ചു തന്നിട്ടുള്ളത് പശുക്കൾ ഇക്കര നിൽക്കുമ്പം അക്കര പച്ച എന്ന് തോന്നിയിട്ട് പശുക്കൾ അങ്ങോട്ട് പോകുന്നതും പിന്നെ എന്താ പറയുക ഏകാഗ്നിയിൽ പെടുന്നതും അങ്ങനെയൊക്കെ അപ്പൊ പരധർമ്മത്തെ അർജുനൻ സ്വീകരിക്കാൻ തയ്യാറാകുന്നു തഥാച്ച് സർവപ്രാണിനാം ശോകമോഹാദി ദോഷാവിഷ്ടചേതസാം സ്വഭാവത ശങ്കരാചാര്യർ പറയാണ് തഥാച്ച് അപ്രകാരം തന്നെ ശോകമോഹാദി ദോഷങ്ങളാൽ ആവേശിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയിട്ടുള്ള എല്ലാവർക്കും പറയണു എന്താ ശോകമോഹാദി ദോ ദോഷാവിഷ്ടചേതസാം സ്വഭാവത ഏവ സ്വധർമ്മപരിത്യാഗ അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യുന്നു സ്വഭാവവശാൽ സ്വധർമ്മത്തെ പരിത്യജിക്കുന്നു ലോകരങ്ങനെയാണ് പരിത്യജിക്കുക അത് കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ ധർമ്മത്തെ ആ പഠിക്കുന്നവനാണെങ്കിൽ ആ ഉമ്മതി പഠിക്കില്ല എന്ന് വെക്കും ഉദ്യോഗസ്ഥനാണെങ്കിൽ അങ്ങനെ ചെയ്യും ആ ഗൃഹസ്ഥ അമ്മ അവരാണെങ്കിൽ അങ്ങനെ ചെയ്യും എന്നാൽ ശരി പിരിഞ്ഞു പോവാൻ തീരുമാനിക്കും വിവാഹബന്ധം ഏർപ്പെടുത്താൻ തീരുമാനിക്കും വിവാഹബന്ധം വേർപ്പെടുത്താൻ വിവാഹമോചനം നേടാൻ എന്തൊക്കെ കാരണങ്ങൾ വേണമെന്ന് വക്കീലിനോട് പോയി ചോദിച്ചു ബാക്കിയിൽ പറഞ്ഞു വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് വെച്ചു കഴിച്ചിട്ടുണ്ട് ആ ഒരൊറ്റ കാരണം മതി എന്ന് പറയാം വേറെ കൂടുതൽ കാരണം ഒന്നും അന്വേഷിക്ക അപ്പൊ സർവപ്രാണിനാണ് അവരെല്ലാവരും തന്നെ എന്ത് ചെയ്യുന്നു സ്വധർമ്മ പരിത്യാഗത്തെ പിന്നെ പറയണു പ്രതിഷിദ്ധ സേവാച്ച സ്യാദ് പ്രതിഷിദ്ധ സേവാച സ്യാദ് ഭഗവാൻ ഭഗവത്പാതര് പറയുന്നു പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നു ഇപ്പൊ ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാ ഇതുകൊണ്ടാണ് അതുകൊണ്ട് സ്വധർമ്മേ പ്രവൃത്താനാം അഭി തേഷാം വാങ്മനക്കായാദീനം പ്രവൃത്തി ഫലാഭിസന്ധിപൂർവികഹങ്കാ ചവതി അങ്ങനെ സ്വധർമ്മത്തിൽ പ്രവർത്തിച്ചാൽ തന്നെ ഇനി അതല്ല ഒരാള് ഈ ജ്ഞാനം ഉൾക്കൊള്ളാതെ സ്വധർമ്മത്തിൽ പ്രവർത്തിച്ചാൽ എന്താണ് അവരുടെ പ്രവർത്താനം അഭി തേഷാം അവരുടെ വാങ് മനക്കായാധീനാം പ്രവൃത്തി വാക്ക് മനസ്സ് ശരീരം ഇതുകൊണ്ടുള്ള പ്രവൃത്തിയൊക്കെ എന്താണ് ഫലാഭിസന്ധി പൂർവികായവ സാഹങ്കാരാ ച ഭവതി ആ ഫലചിന്തയോട് ചേർന്നതും ഞാനെന്ന അഹങ്കാരത്തോടും കൂടി ചേർന്നതായിരിക്കും ഭഗവാൻ രണ്ടുദ്ദേശമുണ്ട് ഇവിടെയാണ് നമ്മൾ യുദ്ധത്തെ സ്വീകരിച്ചാൽ തന്നെ യുദ്ധം ഒരു യജ്ഞമാക്കുന്ന കല പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അർജുനൻ ഇനി ഭഗ ഈ അർജുനന് തളർച്ചയും കാര്യങ്ങളും ഒന്നുമില്ലാതെ അർജുനൻ യുദ്ധം ചെയ്തു എന്നിരിക്കട്ടെ അവൻ അഹങ്കാരത്തോടുകൂടി യുദ്ധം ചെയ്യുന്നവനാണ് ആചാര്യസ്വാമികൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഭഗവാന്റെ താത്പര്യം തന്നെയാണ് ആ അഹങ്കാരമായിരിക്കും അവനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതും ഞാൻ ചെയ്തു എന്നതും ഒന്നുകിൽ പരധർമ്മത്തെ സ്വീകരിക്കും അല്ലെങ്കിൽ ആ ധർമ്മത്തെ എങ്ങനെ ചെയ്യും അഹങ്കാരത്തോടുകൂടി ചെയ്യും മനസ്സിലായല്ലോ അല്ലെ അങ്ങനെ അവൻ അഹങ്കാരത്തോടുകൂടി ചെയ്യും അതുകൊണ്ട് ഭഗവത്പാദരി പറയുന്നു തത്രേം സതി ധർമാധർമ്മോപചയാത് ഇഷ്ടാനിഷ്ടജന്മസുഖദുഃഖസമ്പ്രാപ്തിലക്ഷണ സംസാര അനുപരഭവതി എത സംസാരബീജഭൂതൗ ശോകമോഹൗ പറയുന്നു തത്ര അതുകൊണ്ട് അങ്ങനെ ഇരിക്കെ സതി ധർമാധർമ്മോപചയാതെ ഈ ധർമാധർമ്മങ്ങളുടെ എന്താ ചെ വർധനവും അതിൻ്റെ ഈ എന്താ പറയുക ഇല്ലായ്മയും ഉണ്മയും ഹേതുവായിട്ട് ഇഷ്ടാനിഷ്ട ജന്മങ്ങൾ ഇഷ്ടാനിഷ്ട ജന്മ സുഖദുഃഖ സംപ്രാപ്തി ലക്ഷണ സുഖദുഃഖ പ്രാപ്തി ഇതൊക്കെ ഈ ലക്ഷണത്തോടുകൂടിയിട്ടുള്ള സംസാര ആ സംസാരം എന്താ എന്ത് സംഭവിക്കും സംസാര അനുപര ഭവതി അത് ഉപരമിക്കാത്തതായി തീരും അതുകൊണ്ട് സംസാര ബീജഭൂതൗ ശോകമോഹവും അപ്പം ശോകമോഹങ്ങളാണ് സംസാരത്തിൻ്റെ സംസാരത്തിന് ഹേതുവായിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ പറയണം ഭഗവാൻ എന്തുകൊണ്ട് അശോചിയാൻ എന്ന് തുടങ്ങുന്നു എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് പറയണു തയോഹോച്ച സർവകർമ്മ സന്യാസപൂർവകാത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോളൂ സ്വാമി ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ അങ്ങനെ വിചാരിച്ച് വയ്ക്കരുത് മനസ്സിലാവുക കാരണം എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും ഇതങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറയാം ഒരിക്കലും റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് അങ്ങനെ കേട്ടു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു അനൗൺസ്മെൻറ്റ് വന്നു യാത്രയോം കൃപയാ ധ്യാൻ രുചിയെ ആ പിന്നെ എന്താണ് ദോ ചാറ് ശൂന്യ ഏക്ക് രാജധാ എന്താ രാജധാനി എക്സ്പ്രസ് ആനയ്ക്ക് ഈ സംഭാവന ഹെന്ന് അപ്പോൾ കുട്ടി ചോദിച്ചാൽ എന്താ അച്ഛ ഇപ്പം പറഞ്ഞത് അച്ഛനാണെങ്കിൽ ഹിന്ദി അറിയില്ല അച്ഛൻ ബോംബെയിലൊക്കെ പോയിട്ടുണ്ടല്ലോ എന്താ അപ്പം അച്ഛൻ പറഞ്ഞു മോനെ അത് ആരോ സംഭാവന കൊടുത്ത ട്രെയിനാണ് വരുന്നു കിട്ടുന്നത് ആനയ്ക്ക് ഈ സംഭാവന എന്ന് പറഞ്ഞു അപ്പം ആദ്യം പറഞ്ഞതോ അച്ഛാ യാത്രയും കൃപയ ധ്യാൻ ദേജീന്ന് അതെല്ലാവരോടും ധ്യാനിച്ചോളാൻ എപ്പോൾ വേണമെങ്കിലും വണ്ടി വരാം അപ്പൊ കേട്ടിരുന്നുള്ളൂ എന്തെങ്കിലും സംഭവിക്കും ഇങ്ങനെയുള്ള അനേകി സംഭാവന തയോ ച സർവകർമ്മസന്യാസപൂർവക്ഞാ നയൃത്തി തത് ഉപതിദിക്ഷു സർവലോകാനുഗ്രഹാർത്ഥം അർജുനം നിമിത്തീകൃത്യ ആഹ ഭഗവാൻ വാസുദേവ അശോചയാൻ ഇയാദി പറയും തയോഹോ അതിൻ്റെ സർവകർമ്മ സന്യാസപൂർവകാത് സർവകർമ്മ സന്യാസപൂർവകമായ ആത്മജ്ഞാനാത് ന അന്യത ആത്മജ്ഞാനത്തിൽ നിന്നല്ലാതെ മറ്റൊന്നിൽ നിന്ന് അന്യത നിവൃത്തി ന നിവൃത്തി നിവർത്തി കിട്ടില്ല എന്ന് പറയാം അതുകൊണ്ട് ഇതി അതുകൊണ്ട് എന്തായി ഇത് ഉപദേശിക്കുന്നു ഭഗവാൻ എന്ത് ചെയ്തു സർവലോക് സർവലോകാനുഗ്രഹാർത്ഥം മുഴുവൻ ലോകത്തിൻ്റെയും അനുഗ്രഹത്തിനായിക്കൊണ്ട് അർജുനം നിമിത്തീകൃത്യ അർജുനനെ ഭഗവാൻ നിമിത്തമാക്കിക്കൊണ്ട് ആഹ പറഞ്ഞു അര് ഭഗവാൻ വാസുദേവ ഭഗവാൻ വാസുദേവൻ എന്ത് പറഞ്ഞു അശോച്യാൻ ഇത്യാദി അശോച്യാൻ എന്ന് തുടങ്ങുന്ന ശ്ലോകങ്ങൾ അപ്പം അശോച്യാൻ എന്ന് തുടങ്ങുന്ന ശ്ലോകങ്ങൾ എന്തിനായിക്കൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഒന്നുമുതൽ ഇത്ര വരെയുള്ള ശ്ലോകം എന്താണ് പറഞ്ഞത് എങ്ങനെ വേണം ആ ശ്ലോകത്തെ കാണാൻ അപ്പം സ്വാമിക്ക് വീണ്ടും ഒരഭ്യർത്ഥന ഇനി നിങ്ങൾ വഴക്കുണ്ടാക്കണമെങ്കിൽ പോയി ശങ്കരാചാര്യരോട് വഴക്കുണ്ടാക്കണം സ്വാമി എന്തിനാ ഈ യുദ്ധല്ല യുദ്ധമല്ല എന്ന് പറയുന്നത് എന്ന് ചിലർക്ക് വീണ്ടും വീണ്ടും സംശയമുണ്ട് യുദ്ധമാണ് യുദ്ധമാണെന്ന് പറയൂ സ്വാമി ഇത് ശരിക്കും ഉണ്ടായ യുദ്ധമാണ് എന്ന് ഇപ്പം ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു വെച്ചതാണ് സ്വാമി ഇപ്പം പറഞ്ഞത് ശങ്കരഭാഷ്യം അപ്പൊ ശങ്കരാചാര്യ സ്വാമികൾ തന്നെ ഒന്ന് മുതൽ രണ്ടുവരെ അർജുനൻ തൂഷ്ണീം ബബുവഹ എന്ന ശ്ലോകം വരെ എങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതാകുന്നു മുഴുവൻ ജനങ്ങൾക്കും മുഴുവൻ പ്രാണികൾക്കും പ്രാണിവർഗത്തിനും സംസാരത്തിന് ഹേതുവായിട്ടുള്ള കാരണത്തെ പ്രദർശിപ്പിക്കുന്നതിനായിക്കൊണ്ട് അത് തൊട്ട് കാണിച്ചു കൊടുക്കണം ഇതൊക്കെയാണ് ബന്ധനം എന്ന് അതില് അർജുനന് രൂഢമൂലമായിട്ടുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ മമ എന്നുള്ളത് തന്നെ